ഈ ലോകത്തിൽ ജ്ഞാനം ശ്രദ്ധ തുടങ്ങിയിട്ടുള്ള പലതും സുഖം കർമ്മം പലതരം ഇതെല്ലാം മൂന്ന് തലത്തിലുണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സോ യു കൻ കമ്പെയർ ദ വേൾഡ് കാരണം ചിലരെല്ലാം തമോ ഗുണത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അവരുടെ പൂജ വ്യത്യാസമുണ്ടാവും ചിലർ രജോ ഗുണത്തിലാണ് അവരുടെ പൂജ വ്യത്യാസം ഉണ്ടാവും ചിലര് സത്വഗുണം അങ്ങനെയാണ് നമുക്ക് മൂന്ന് ദേവതാ ഉപാസന വന്നത് ഈ തമോ ഉള്ള ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനാണ് ശൈവസമ്പ്രദായം ഭാരതത്തിൽ വന്നത് രുദ്രപൂജകൾ വന്നത് ോദനം ചെയ്യുന്ന അലസമായ മനസ്സിനെ ഉയർത്താനാണ് ശിവപൂജകൾ വന്നത് പിന്നീടാണ് രജോഗുണമുള്ള മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ശാസ്ത്രീയ പൂജകൾ വന്നത് ദേവീപൂജകൾ വന്നത് പിന്നീട് മൂന്നാമത്തത് സത്വഗുണമുള്ള മനസ്സിനെ കൂടുതൽ ഉയർത്താനാണ് വിഷ്ണുപൂജകൾ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഭാരതത്തിൽ ദേവീ സങ്കല്പങ്ങളും വിഷ്ണു സങ്കല്പങ്ങളും ശിവസങ്കല്പങ്ങളും ഭാരതത്തിൽ വന്നത് ഇങ്ങനെ എല്ലാറ്റിലും ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഭഗവാനെ തൊൽക്ഷേത്രത്വനിഷേവാദി എന്നാൽ അങ്ങയുടെ ക്ഷേത്രത്തോടുകൂടി ചേർന്ന് പൂജാദികളും മറ്റും ചെയ്ത് നാമസങ്കീർത്തനങ്ങളും സത്സംഗങ്ങളും ചെയ്ത് ക്രമേണ ഞാൻ തതല ഭഗവാനെ ക്രമേണ ഭജിച്ചു ഭജിച്ച് ഞാൻ അങ്ങയിൽ മനസ്സിന് ചേർത്തുകൊള്ളാം സുഖമൈ വിചനൻ സർവശേഷ്ഠാ തുടർത്തം തൊൽഭക്തേ സേവ്യമാനാനേശാൻ േ മൃഗാതിർാസൂയാദിദോഷ സതതമകൂയേഷം അങ്ങേത്തന്നെ ഗുരുവാരപ്പ മനസ്സർപ്പിച്ചുകൊണ്ട് സുഖമൈചരൻ പരമാനന്ദ പരമസുഖത്തോടെ സഞ്ചരിച്ചുകൊണ്ട് സർവജേഷ്ഠാ തദർത്ഥം അങ്ങിക്കുവേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് തൊൽഭക്തേ സേവ്യമാനാനപി എവിടെയൊക്കെ സത്സംഗങ്ങളുടെ അവിടെയൊക്കെ പോയിക്കൊണ്ടോ ദേശാൻ പുണ്യാൻ യാത്രയാൻ പുണ്യദേശാൻ തീർത്ഥസ്ഥലങ്ങളിൽ പോയിക്കൊണ്ടും ഞാൻ എന്റെ ഭക്തിയെ വർദ്ധിപ്പിച്ച് ദസ്യോ വിപ്രേ മൃഗാതിശോ സമമതി ഉച്ചമാന അവമാന സ്പർദ്ധ അസൂയാദിദോഷ ആരൊക്കെയായിട്ട് ഞാൻ അവിടെ കൊള്ളുന്നുണ്ടോ ആരൊക്കെ എന്നെ വേദനിപ്പിക്കുന്നുണ്ടോ അവരെയൊക്കെ ഞാൻ അങ്ങയുടെ പ്രതിരൂപങ്ങളായി കണ്ട് സംപൂജയെ ഞാൻ നല്ലവണ്ണം പൂജിച്ചുകൊള്ളാം ഇപ്രകാരം ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് പോലെ ഉദ്ധവർക്ക് അവസാനം പറഞ്ഞു കൊടുക്കുന്നതാണ് രാമണെ പുഷ്കസൈസ്തേരെ ബ്രഹ്മണ്യർക്കേ സ്മുലിംഗകെ അക്രൂരേ ക്രൂരകെ ചൈമസമദൃ പണ്ഡിതോപഥ തന്റെ ആത്മാവ് തന്നെയാണ് ഈ ആളുകളിലും ഇരിക്കുന്നതെന്ന ബോധത്തോടുകൂടി എല്ലാവരെയും ദണ്ഡവത് ഭൂമോ ദണ്ഡവത് നീണ്ടു തവർന്ന് നമസ്കരിച്ചുകൊണ്ട് അവർക്ക് ആദരിക്കൂ പറഞ്ഞുകൊണ്ട് പറയുന്നു അതുകൊണ്ട് േകാത്മബോധേം പ്രസുശ തസ്വാത്മനൈവ പ്രതിശമു ഭക്തിമാർഗം മനോജ്ഞം അവിടുന്ന് യാവശുപരദിന വിശദം ഭഗവാനെ അന്തര്യാമ്യായിട്ട് എല്ലാവരുടെയും അന്തർ ചൈതന്യമായിട്ട് അവിടുന്ന് വില പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഉപാസന ചെയ്യുന്ന ആളുകൾക്ക് ബോധത്തോട് ഉപാസന ചെയ്യുന്നവർക്ക് ചടിതി വികസതി ഈ ആത്മബോധം ഉള്ളിൽ ഭഗവാനുണ്ടെന്ന ബോധം കൂടെ ഭഗവാനുണ്ടെന്ന ബോധം അത് വേഗം മനസ്സിലാക്കി ഭഗവാൻ തന്നെയാണ് കൂടെയുള്ളതെന്ന് ഉറപ്പിച്ചുകൊണ്ട് കാവൽക്കിമവിനെ ഭഗവാൻ പ്രസ്യപ്രനാശ പിന്നെ അവർക്കൊരിക്കലും നാശമുണ്ടാവുകയില്ല യാതൊരു വിധത്തിലും വീഴ്ചയുണ്ടാവുകയില്ല ഇപ്രകാരമുള്ള തസ്മാൻ സർവാത്മനീവ പ്രതിശ അങ്ങനെയുള്ളൊരു ദൃഢമായ ഭക്തിയിൽ എന്നെ ഉറപ്പിക്കേണ്ട ഈ ഗുരുവായൂരപ്പെന്ന് പ്രാർത്ഥിക്കുന്നു തം ചൈനം ഭക്തിയോഗം ൂർവം ദ്ദാ സേവിടേത്യം ഇപ്രകാരം ഭഗവാനെ ഇങ്ങനെ ശരീരം കിട്ടിയിട്ട് ഭഗവാനെ അങ്ങേ ഭജിച്ചുകൊണ്ട് പറയാണ് ഈ ഭക്തിയോഗം സൃഢമാക്കുന്നതിന് എനിക്ക് ആരോഗ്യവും ശക്തിയും തെരയണ ഈ ഗുരുവായപ്പ കാരണം അക്കാര്യത്തിൽ അവിടുത്തെ പാദഭജനം തന്നെയാണ് രോഗൌഷധം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പണ്ട് പന്ത്രണ്ട് വർഷം തപസ് ചെയ്ത വയസ്സുള്ള ഒരാളായിരുന്നു മാർക്കണ്ടയെ അയാൾ മൃത്യുദേവനിപ്പോഴും പരമശിവനെ മുറുകിടിച്ചുകൊണ്ട് വാസിച്ചുകൊണ്ട് ജയിച്ചു എന്ന് പറയുകയാണ് അതെന്താണിത് മാർക്കണ്ടേയശിരായു സകല പുനരപിതത്പരപൃഷ്ഠ്രാ അതീരെ നിങ്ങി തമസ്മുന്നി ദേവേന്ദ്ര സപ്തമസ്തം ശ്രീപതി വരൂൺ മന്മദേ മോഹൈഷ്യൻ യോഗോഷ്മുഷ്പേക്ക പുഷ്പഭദ്രാ നദി തീരത്ത് തപസ് ചെയ്ത ഒരാളായിരുന്നു മാർക്കണ്ടേ അദ്ദേഹം അങ്ങനെ തപസ് ഷട്ട് മണ്ണന്തരണി ആറ് മണ്ണന്തരങ്ങളിൽ തപസ് ദേവേന്ദ്രൻ തപസ്സാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ആൾക്കാരുണ്ടല്ലോ ആര് ഓർക്കസ്ട്രാ ഗ്രൂപ്പ് ആരൊക്കെയാണ് കാമദേവൻ പ്ലസ് പിന്നെ രണ്ട് പാട്ടസുന്ദരിമാരുണ്ടല്ലോ അവരൊക്കെ കൂടിയിട്ട് പറഞ്ഞയച്ചു ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കഫസിൽ മുഴുകി നിമഗ്നായി അർജനയില്ല എന്ന് പറയുന്നത് അവസാനം അവര് കാലം കഴിച്ച് അവര് തിരിച്ചു പോണ്ടി വന്നു അതിൽ പ്രീതനായിട്ട് പ്രീത്യാ നാരായണാത്യത്തമത നരസകാനവാശംയാം പുനരവർണോ ഭക്തിദൃത്താന്തരാത്മാ അങ്ങനെ നരനാരായണ ഋഷി ഭഗവാൻ നരനാരായണ രൂപത്തിൽ അവിടെ വന്ന് പ്രകടമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി ഭഗവാന്റെ പാതാരബിന്ദത്തിൽ വീണ് സതുതുഷ്ട്യാ ദുഷ്ടൂയമാന ഭഗവാനെ സ്വദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു വരം ചോദിക്കൂ എന്ന് അപ്പൊ എന്താ വേണ്ടത് എല്ലാവരും മായയിൽ നിന്ന് രക്ഷിക്കോ ദുഃഖം അകറ്റോ വിഷമം എന്നാണ് ഇങ്ങോട്ട് പറയാം മായ കാണിച്ചെന്നാൽ മതിയെന്ന് ഭഗവാൻ തന്നെ ആശ്ചര്യപ്പെട്ടു കാരണം ഇദ്ദേഹത്തിന്റെ ദുഃഖം ഭയം പറയുന്ന ജീവിതത്തിൽ ഉണ്ടായില്ലത്രേ ഈ തലവേദന അനുഭവിക്കാത്തവരോട് തലവേദന പറഞ്ഞിട്ട് പല കാര്യം ഉണ്ടോ അവരിൽ തലവേദന എന്താ അറിയില്ല അതുപോലെ ബാക്ക് പെയിൻ ചിലർക്ക് ഭയങ്കരമായിട്ടുണ്ടാവും അതില്ലാത്തവരോട് ബാക്ക് പെയിൻ പറഞ്ഞാൽ എന്താ കാര്യം അപ്പോൾ അങ്ങനെ സാധനം ഇതില്ലേ എന്ന് അത്രേ അവർക്ക് തോന്നുള്ളൂ അപ്പൊ നമ്മുടെ അസുഖം അതേ അസുഖം വേറൊരാൾക്കുണ്ടെങ്കിൽ അവരൊരു ഓഹ് ശരിക്കും അതൊരു അനുഭവം തന്നെയട്ടോ കാരണം അവർക്കുണ്ടത് ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പല്ലുവേദന ഇല്ലാത്തവരോട് പല്ലുവേദന പറഞ്ഞിട്ടാ കാര്യം അപ്പൊ പല്ലുവേദന ഒരിക്കലും അനുഭവിച്ചാൽ മറ്റൊരാളുടെ പല്ലുവേദന കാണുഭവം മനസ്സിലാവും ഇത് വർഷ ശരിക്കും വേദനയാണെന്ന് ഇതുപോലെയാണ് അതുപോലെ മായ ദുഃഖങ്ങളില്ലാത്ത മഹാന് മായാദുഃഖം തന്നെ അറിയില്ല അതുകൊണ്ട് ഭഗവാനെ എനിക്കിതൊന്ന് കാണിച്ചേരണം എന്തായി തയ്യാശുവാതാ കുല തോയപൊണ് സപ്താർണോരാശിമഗ്നേ ജഗതി സതുജലേ പടതലശയനം കാഞ്ചിദാശ്ചര്യപാലം ആ സമയത്ത് ഭയങ്കരമായ കാറ്റ് വീശി തൊയ്യാശുവാദാകുലജ വെള്ളം അടിച്ചു കയറി അടിച്ചു കയറി സപ്തോർമ്മ രാശ്യമഗ്നി എല്ലാം വെള്ളത്തിലേക്ക് മുങ്ങുന്ന സമയത്ത് ജലീ സംഭ്രമി ദൈഹാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറേയൊക്കെ ശ്രമിച്ചപ്പോ കുറെ ദൂരെ വണുതലശയനം ഒരു വൃക്ഷത്തിന് എലയിൽ വൃക്ഷത്തിന്റെ എലയിലായിട്ട് അതാക്കി കഞ്ചിത് കശ്ചിദാശ്ചര്യ ബാലം ത്വാമേവ ശ്യാമളാംഗം എന്നനുസരിച്ചത് നസ്തപാദാങ്കുലീയം തന്റെ പാദം പിടിച്ചുകൊണ്ട് അത് ചുംബിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ കണ്ടുവതാണ് ഇപ്രകാരം ആ മാർക്കണ്ഡേയ ഋഷി കണ്ട ഭഗവാന്റെ രൂപമാണ് കരാരവിന്ദേന പദാരവിന്ദം മുവിന്ദേ വിവേശയന്തം കണ്ടതു ദൃഷ്ടൃഷ്ടരോമോ സ്ാമോ മനീന്ദ്ര ശ്വാസേനന്തർനിഷ്ടം ഭൂയോ വിശ്വാസവാദിതോ വീട്ടു മോദാദാശ്ലേഷ്ടോ അശമേ വടവൃക്ഷത്തിലെ ഇലയിലിരിക്കുന്ന ഭഗവാനെ കണ്ടതും വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ അടുത്തെത്തിയതും ഒരു ശ്വാസം കൊണ്ട് ഭഗവാന്റെ ഉള്ളിലെത്തിയതാണ് വീണ്ടും അവിടെ നിന്ന് ശ്വാസേൻ അന്തർപ്രവിഷ്ടവിഷ് പ്രവിഷ്ഠ പുറത്തുവന്നു അതുകഴിഞ്ഞ് ഭഗവാനെ തന്നെ ധ്യാനിച്ചു നിൽക്കാൻ നോക്കുന്ന സമയത്ത് ഭഗവാനും മറഞ്ഞു എല്ലാം മറഞ്ഞു പിന്നെ കാണുന്നത് താൻ ആശ്രമേ പ്രാകൃതാസേ മുമ്പിരുന്ന പോലെ ആശ്രമത്തിലിരിക്കുന്നു എന്നാണ് ഇപ്രകാരം വടവക്ഷത്തിലിരിക്കുന്ന ഉണ്ണി ആരാണ് വടപക്ഷം എന്ന് ശരീരം എന്നാണ് അർത്ഥം അശ്വത്വം അതിങ്ങനെയായിട്ട് ആ എന്ന് പറഞ്ഞാൽ നാളെ നിലനിൽക്കാത്തത് ശ്വാസമാണ് നാളെ ആ ഉണ്ടാവാത്തൊന്നുമാണ് ഇന്നുള്ളത് ഇന്നുണ്ട് നാളെ ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത സാധനത്തെയാണ് അത്രേ അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ അശ്വത്വ വൃക്ഷത്തെ വർണ്ണിക്കും ഊർധമൂലമതശാഖം അശ്വത്വം രാഹുലവ്യം അതിലിരിക്കുന്ന ഉണ്ണി എല്ലാ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയാണ് ഇലയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് അതിലുള്ള ഉണ്ണിയാണ് ആ ഇലയെ ഇളക്കുന്ന ആ വൃക്ഷത്തെ ചൈതന്യമാക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ഭഗവാൻ എന്ന് അതിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് മായയിൽ നിന്നും പുറത്തു കിടക്കാം എന്ന് പറയുന്ന കഥയാണ് മാർക്കണ്ടയുടെ കഥ അങ്ങനെയിരിക്കും അദ്ദേഹത്തെ അനുഗ്രഹിക്കാനായിട്ട് പരമശിവരും പാർവതീദേവിയും വന്നുവെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയാണ് ൃത്യുദാദീൻ സേവയുരവിനതൂർത്തിയാത്മകസ്ഥംസീയൻമാസീ അങ്ങനെ പരമശിവനും പാർവതീദേവിയും പുരവിദുതോ മുന്നിൽ വന്നപ്പോ തത്പ്രിയ പ്രേക്ഷണാർത്ഥി സിദ്ധാനേവാസിതത്വ ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു മൃത്യുദാദ്രീൻ നീ മൃത്യുവില്ലെന്ന് മുക്തനാവട്ടെ എന്നെല്ലാം പരമശിവൻ പോലും അനുഗ്രഹിച്ചു എന്തിനേറെ പറയുന്നു ഏവം തൊൽസേവയോ നോക്കണേ ഗുരുവായൂരപ്പനെ പിടിച്ചപ്പോൾ പരമശിവൻ പോലും വന്ന് അനുഗ്രഹിച്ചു ഇനി ഇതിനെ വേറൊരാളുടെ അടുത്തേക്ക് ഓടുന്നതെന്നാണ് ചോദിക്കുന്നത് ഒന്നിൽ തന്നെ മുറുകെ പിടിച്ചാൽ മറ്റുള്ളവർ പോലും പ്രീതനായി ഇങ്ങോട്ട് വരുന്നു നമ്മൾ അങ്ങോട്ട് ഓടേണ്ട ആവശ്യം ഇല്ല ഇവിടെ ഈ മാർക്കഡയുടെ കഥ വളരെ വ്യക്തമല്ലേ ആ ഗുരുവായൂരപ്പനെ തൊൽസേവൈവ സ്മരപി സംപ്രീയത തസ്മാൽമൂർത്തിയാസ്മം സകലമൂർത്തികളും ആ ഗുരുവായൂരപ്പന്റെ ഭക്തനെ അനുഗ്രഹിച്ചിരിക്കുന്നു പറയാണ് ഒരു ആളെ തന്നെ മുറുകിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പോലും അവിടെ പോകാതെ തന്നെ ഇവിടെ വന്ന് അനുഗ്രഹിക്കുമെന്ന് ആരുടെ കഥയിൽ വ്യക്തമാക്കുന്നു മാർക്കണ്ടയ മഹർഷി ഇനി ഇതിനൊക്കെ എന്താ നമുക്ക് തെളിവേണ്ടത് അങ്ങനെ നമ്മൾ സംശയമില്ലാത്തൊരു ഭക്തിയിലേക്ക് നമ്മൾ ഉയരണം സംശയമുണ്ടോ സംശയാത്മാവിനശതി സംശയമില്ലേ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം കൈവരിക്കാൻ സാധിക്കും ഇപ്രകാരം സത്യലോകെ വിധി കരിപുരവി മന്ദിരാണുദ്ധമോർദ്ധം ോകം പശുപമുലൈ ശുദ്ധ സത്യൂവി സച്ചൽ ബ്രഹ്മാത്മാ പവനപരവേ അഹിമാർക മൂന്ന് ലോകത്തിനും അതീതമാണ് വിഷ്ണുലോകം എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രഹിക്കേണ്ടത് ബ്രഹ്മാവിന്റെ ലോകം ശിവന്റെ ലോകം എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോകങ്ങളാണ് എന്നാൽ ഭഗവാന്റെ വൈകുണ്ഠലോകം എന്ന് പറയുന്നത് ബുദ്ധിയിൽ പ്രകാശിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മളെപ്പോഴും ഭഗവാനെ ബുദ്ധിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും എവിടെ തന്നെയാണ് വൈകുണ്ഠലോകത്തിലാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്രകാരം ശുദ്ധസത്യകരൂപി ആ ഭഗവാൻ ഇന്നിതാ ഈ എല്ലാവരുടെയും കൂടെ ലീലകളാടുന്ന സത്യദ്ബ്രഹ്മാത്വയാത്മാനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ എന്നെ സർവലോകത്തിൽ നിന്ന് മുക്തമാക്കേണ്ടതേ എന്ന് പറഞ്ഞ് അവിടെ ഉപസമരിപ്പിച്ചു ഇനി ഭഗവാന്റെ നിഷ്കളമായ രൂപം അതായത് യഥാർത്ഥ രൂപത്തെ ഉപാസിക്കുകയാണ് പരമതത്വരൂപം ഉപാസിക്കുകയാണ് ഹൂ ഇസ് ഗോഡ് വേർ ഇസ് ഗോഡ് എന്നൊക്കെ ചോദ്യത്തിലുള്ള ഉത്തരം ഇവിടെ പട്ടണത്തിരിപ്പാട് സംശയമില്ലാതെ വ്യക്തമാക്കിത്തരണം ഈശ്വരൻ എന്നുള്ള ആ സത്യത്തെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ദശകം നന്നായി മനസ്സിലാക്കൂ ആരാണ് ഈശ്വരൻ പിന്നെ സംശയം ഉണ്ടാവരുത് അത്ര വ്യക്തമായി ഉറപ്പിച്ചിരിക്കണം ൂരദൂരെ പുനരഭിമനസാം നോ വിത്യുത്തത്വരൂപം യസ്വിൻ വിവാദം യാതൊന്നുള്ളതുകൊണ്ട് ഇതെല്ലാം ചൈതന്യമായിരിക്കുന്നു പ്രകാശിക്കുന്നു ഏത് നമ്മുടെ ശരീരവും മനസ്സും ഈ പ്രപഞ്ചവുമെല്ലാം ഏതൊന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ചൈതന്യമായി തീരുന്നത് പുറമേയുള്ള കാഴ്ചകളുള്ളതുകൊണ്ടാണോ കേവലം സൂര്യനുള്ളതുകൊണ്ടാണോ സൂര്യനുണ്ടെങ്കിലും നമുക്ക് രാത്രിയിലും നമുക്ക് ഇരട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അന്ധകാരം കാണാൻ പോലും സാധിക്കുന്നത് അതിനെപ്പോലും കാണിക്കുന്നൊരു വെളിച്ചം ഉള്ളിലുള്ളതുകൊണ്ടാണ് യസ്മിന്നെ വിവാദം സകല മിതയതൽ ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് എല്ലാം പ്രകടമാവുന്നത് ഏന നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ലീയതേ ഉറക്കത്തിൽ ഏതിലേക്ക് ലയിക്കുന്നുവോ ഏതജ്ഞസ് അസ്മാൻ ഉദ്ധീർണ രൂപ ഏതൊന്ന് പ്രപഞ്ചത്തിൽ നിന്നും മുകളിലിരിക്കുന്നു എന്ന് വച്ചാൽ ഒന്നിനെയും സ്പർശിക്കാതെ എല്ലാറ്റിനും വിട്ടി നിൽക്കുന്നു സകല വിതമ്യസ്യാസാസിതം ഈ കാണുന്നതെല്ലാം ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ട് പ്രകാശിക്കുന്നു വാചാ മനസാം ദൂരെ ദൂരെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും എത്താൻ പറ്റാതെ ദൂരെയായിട്ടിരിക്കുന്നു ദേവാമുനീന്ദ്രായസ്യ തത്വരൂപം എന്ന വിധു ദേവന്മാർക്കും മുനീശ്വരന്മാർക്കും എളുപ്പത്തിൽ കാണാൻ പറ്റാത്ത തത്വരൂപം ഏതാണോ അവരെക്കും മറ്റുള്ളവർക്ക് എങ്ങനെ കാണാൻ സാധിക്കും അപ്രകാരമുള്ള കൃഷ്ണ തസ്മൈ നമസ്തേ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു സത്യമാകുന്നു സർവത്ര നിറഞ്ഞിരിക്കുന്ന രൂപമില്ലാത്തൊരു തത്വമാണ് അര് യഥാർത്ഥമായ ഗുരുവായൂരപ്പന്റെ രൂപം അത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പലരും കാണാനും അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നത് ദറ്റ് ഈസ് ദ എസൻസ് ആൻഡ് വി ആർ ദ എന്താണ് മാറ്റർ ഓഫ് ദറ്റ് എസൻസ് എന്നാണ് അനുസരിച്ച് തന്നൊരു മാറ്ററാണ് നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് എന്നിട്ടോ ജന്മാതോ കർമ്മനാമ പുണമിഹ ഗുണദോഷാദികനയസ്മിൻ ലോകാണാമോദേയ ശ്രീമനവചതമായുസാരീ വിബ്രൽ ശക്തീയരൂപോ ബിജഹൂതരൂപോ വിവാത്യത്ഭുതാത്മാ ഭസ്മ കൈവല്യേ പരസപരിപൂർണായ വിഷ്ണോസ്തേ വാസ്തവത്തിൽ ഈശ്വരന് ഗുരുവായൂരപ്പന് ജന്മ കർമ്മ ഗുണദോഷാധികം സ്ഫുടം ജനനവുമില്ല ആള് ജനിച്ചിട്ടേ ഇല്ല പിന്നെ ഇങ്ങനെയാ നമുക്ക് മനുഷ്യരൂപത്തിൽ കാണാൻ പറ്റിയ യഥാർത്ഥത്തിലില്ല ഭഗവാനില്ല കർമ്മമില്ല ഒന്നുമില്ല പിന്നെന്തിനാ ഭഗവാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നത് ലോകാനാമോധയെ ഈ ലോകത്തിലുള്ള ആളുകളെ ഉയർത്താൻ വേണ്ടിയിട്ട് മായാനുസാരി താനി അനുപജത അരൂപ അഭി അരൂപനാണെങ്കിലും ബഹുതരൂപം അത്ഭുതാത്മാവിതി വാസ്തവത്തിൽ രൂപമില്ലാത്തവരാണെങ്കിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് രൂപമെടുത്തുകൊണ്ട് പ്രകടമാവുന്നു അപ്പൊ രൂപവും അരൂപവും ഇത് മനസ്സിലാക്കണം ഈ രൂപം വന്നിരിക്കുന്നത് എവിടെ അരൂപത്തിൽ നിന്നാണ് എവിടെന്ന എവിടെയാണ് ആരൂപം ഇരിക്കുന്നത് നമ്മളിലെല്ലാവരും അറിയാം അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് സർവഗുഹാശയ ആ ഭാഗവതക്കെത്ര സ്പഷ്ടമായിട്ടാണ് പറയുന്നത് കൃഷ്ണാവതാരം പറയുന്നതാണ് വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് എവിടെ നിന്നാണ് വരുന്നത് എവിടെയോ വൈകുണ്ഠത്തിൽ നല്ല വരുന്നത് ഏതോ ആകാശത്തിൽ നല്ല വരുന്നത് എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ ഒരു രൂപമായി വരുന്നത് ഇത് നിങ്ങൾക്ക് വ്യക്തമാണ് ഈ നോ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പൂജ ശ്രദ്ധിക്കൂ ആദ്യം അവനവനെ പൂജിച്ച് അവനവന്റെ ഉള്ളിലെ ചൈതന്യമാണ് വിഗ്രഹത്തിലേക്ക് എത്തിച്ച് വീണ്ടും ആ വിഗ്രഹത്തിലെ ചൈതന്യം തന്നിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ശരിക്കും നമ്മൾ പൂജിക്കുന്നത് ആരെയാണ് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെയാണ് അത് നമ്മൾ കാണാൻ പറ്റാത്തത് വിഗ്രഹത്തിൽ കാണുന്നു ഏതുപോലെ കണ്ണാടി പോലും വിഗ്രഹങ്ങളൊക്കെ കണ്ണാടിയാണ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പൊട്ടുകൊടുന്ന കണ്ണാടിയിലല്ല ആണോ എവിടെയാണ് പൊട്ടുകൊടുന്നത് നിങ്ങളുടെ തെറ്റിയിലാണ് പക്ഷെ നിങ്ങൾ ആശ്രയിക്കുന്നത് കണ്ണാടിയാണ് ഇതുപോലെ നിങ്ങൾ വിഗ്രഹത്തിലാണ് ചന്ദനം ചാർത്തുന്നത് മാല ചാർത്തുന്നത് പൂക്കളി ചാർത്തുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ആരെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം ഇതറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ബോധമുണ്ടാവും ഭഗവാൻ ഇപ്പോഴും കൂടെയുണ്ട് ഇപ്രകാരമുള്ള ഗുരുവായൂരപ്പ അത്ഭുതാത്മാവായ ഗുരുവായപ്പ പൂർണ്ണമായ വിഷ്ണു നമസ്തേ അങ്ങേ നമസ്കരിക്കും ഇനി ആ ഗുരുവായൂരപ്പനെ ഒന്നുകൂടി ഉറപ്പിച്ച് മനസ്സിലാക്കി തരികയാണ് ം നുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന്രവ്യം കർമ്മജാതി നിഗമസദേക്ഷണാവൃത്തിശേനേദ്യതസ്മൈ നമസ്തേം ഭഗവാന്റെ രൂപം തിരിയഞ്ചം തിരിയഞ്ചാണ് ജീവികൾ ആണോ മൃത്യം മനുഷ്യനാണോ ഗുരുവായപ്പൻ അല്ല എന്നാ സുരം ദേവനാണോ അല്ല അസുരം സ്ത്രീ ഒട്ടുമല്ല എന്ന പുമാംസം മനുഷ്യരൂപെടുത്താളാണോ അതും ഒട്ടുമല്ല പിന്നെ ആരാണ് ദ്രവ്യം കർമ്മം ജാതി ഗുണം ഇതൊന്നുമല്ല സത്ത് അസത്ത് ഇതുമല്ല പിന്നെ എന്താ ഗുരുവായൂരപ്പൻ മനസ്സിലാക്കാൻ വലിയ പ്രയാസാണല്ലോ ആളാണല്ല പെണ്ണല്ല നിങ്ങളുടെ മകന് മകൾക്കൊരു പെണ് പയ്യനെ നോക്കുകയാണ് ബ്രോക്കർ പറയുന്നത് അവനാണല്ല അവന് കയ്യില്ല കാലില്ല മൂക്കില്ല കാതില്ല നിങ്ങൾക്ക് അതും ഇരിക്കും കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രൂപത്തെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേ നിങ്ങളോട് ആരെങ്കിലും ഒരു പറയാണ് നോക്കൂ എന്റെ മകൻ അമേരിക്കയിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ത് സാധനമാണ് എന്തൊരു പലഹാരമാണ് എന്ത് പലഹാരാണ് എനിക്കും അറിയില്ല അതെന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരിക എനിക്കറിയില്ല പറഞ്ഞാല് നിനക്ക് ഒന്നും ഉടനെ നിങ്ങൾ ചോദിക്കും ഏതുപോലെ ഇരിക്കണോന്ന് അപ്പൊ അവര് പറയാണ് സംഗതി ലഡു പോലെ ഉണ്ട് നാ ലഡു എന്ന് പറയാൻ പറ്റില്ല എന്നാ ഇഡ്ലി പോലെയുണ്ട് നാ ഇഡ്ലിയെ പറയാൻ പറ്റില്ല എന്ന ദോശ പോലെ ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിടിക്കുക ആകെ കൺഫ്യൂഷനായി കാരണം നമുക്ക് ലഡു എന്ന് പറയുമ്പോഴേക്കും ഒരപ്പ് വന്നു വരേണ്ടതാണ് ഇഡ്ലി പറയുമ്പോഴും കുറച്ചുകൂടി പറഞ്ഞു ദോശ പറയുമ്പഴ് കുറച്ചുകൂടി പറഞ്ഞു പിന്നെ അവര് പറയാണ് ശരിക്കും പറഞ്ഞ രൂപമില്ലാന്ന് എന്താ ആലോചിച്ചു വട്ടുപിടിക്കില്ലേ ഇതുപോലെ ഭഗവാൻ മനുഷ്യനല്ല പെണ്ണല്ല ആണല്ല ജനിച്ചിട്ടില്ല വരച്ചിട്ടില്ല പിന്നെ ആരാണ് ഗുരുവായൂരപ്പൻ എല്ലാം എസ് നിഷേധവശത്തി എന്നാ ഇല്ല എന്നോ അങ്ങനെ ഒരാള് അല്ല ഉണ്ട് എപ്പോഴാണ് മനസ്സിലാവുക എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തൊന്ന് ബാക്കി നിൽക്കുന്നു അത് ഗുരുവായൂരപ്പൻ മനസ്സിലായില്ല അങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ പേര് വന്ന് ഹരീദ് ഹരീദ് പറഞ്ഞാൽ എല്ലാം ഹരിച്ചു കഴിഞ്ഞാൽ എന്തൊന്ന് ബാക്കി നിൽക്കുന്നു അത് ഹരി ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ചിട്ട് മറക്കൂ അപ്പൊ നിങ്ങൾക്ക് മറക്കാൻ സാധിച്ച മനസ്സുകൊണ്ടാണ് ഇനി ഒന്നുകൂടി ആലോചിക്കൂ ആ മനസ്സിനെ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കി ഈ ശരീരമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി തന്നത് ആരാണ് ശരീരവും ഉള്ളിലൊരു പ്രകാശമാണ് എല്ലാം നിഷേധിച്ചാൽ അവസാനം എത്തുന്നത് ഒരു ശൂന്യതയിലായിരിക്കും ആ ശൂന്യത പോലും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ഉള്ളിലൊരു ചൈതന്യമുണ്ടെങ്കിലേ ശൂന്യതയെ പോലും അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ടുണ്ടല്ലോ മനസ്സ് പൂർണ്ണശുദ്ധമായ ശൂന്യമായി ശൂന്യമാകുന്ന സമയത്ത് പൂർണ്ണമായ ഭഗവാനോട് ആ ശൂന്യമായ മനസ്സിന് വേഗം ഒരു ലയം കിട്ടും അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായ എന്ത് കൈവരിക്കുന്നത് ജീവൻ മുക്തി ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് അപ്പൊ ചിന്തയിൽ നിന്ന് അത്രയും ആര് തീരണം മനസ്സ് സീറോ ആയിരിക്കണം പൂജ്യമായിരിക്കണം പൂജ്യമാവെന്ന് പറഞ്ഞാൽ അതിലുള്ള ചിന്തകളൊക്കെ വിട്ടു വിട്ട് വിട്ട് വിട്ട് വിട്ട് വിട്ട് അത് പൂർണ്ണ ശൂന്യമായി കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയിലേക്ക് ലയിച്ചു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹിപ്പിക്കണം ആ ദഹിപ്പിച്ച് കത്തി കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞ് ഭസ്മമായി അവസാനം അത് ശൂന്യമായി എവിടേക്ക് ലയിക്കും ശൂന്യതയിലേക്ക് ലയിക്കും അപ്പൊ ശൂന്യത ശൂന്യതയിലേക്ക് ലയിക്കുന്നത് പോലെ ഒരു കലം നിങ്ങൾ കമിഴ്ത്തിവെക്കണം ആ കലത്തിനുള്ളിലൊരു ശൂന്യതയുണ്ട് ആ കലം അങ്ങട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിന്റെ ശൂന്യത ആകാശ അന്തരീക്ഷത്തിലെ ശൂന്യതയുമായി ലയിക്കുന്നു ഇതുപോലെ നമ്മുടെ മനസ്സ് പൂർണ്ണമായ ചിന്താശൂന്യമായി ഭഗവത് വിചാരത്തോടുകൂടി പൂർണ്ണമായ ഭഗവത് തത്വത്തിലേക്ക് ലയിക്കാൻ സാധിച്ചാൽ അവിടെ നമുക്ക് പരമസുഖമയം എന്താ കിട്ടുന്നത് പരമമായ സുഖം ഉറക്കത്തിൽ എന്ന പോലെ എല്ലാ ചിന്തകളും ഉറക്കത്തിലേക്ക് മനസ്സ് പ്രവേശിക്കുമ്പോൾ പരമസുഖമയം ഇതുപോലെ നമ്മൾ ബോധപൂർവം അനുഭവിക്കുമ്പോ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന സുഖം അനുഭവിക്കാൻ പറ്റും അങ്ങനെയുള്ള ഗുരുവാരപ്പനെ നമസ്കരിക്കുന്നു പിന്നീട് ശരതി മഹതഹങ്കാരതന്മാത്രമേന്ദ്രിയ സ്വപ്ന സങ്കൽപ്പകൽപ്പം ഭൂജം കമടൈവ പദാന്കാല ശക്തിയാംഭീരേജായീടാ ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിന്ന് സംസ്കാരം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം പ്രാണൻ ഇതെല്ലാം പൊങ്ങി വന്ന് അത് നിലനിന്ന് വീണ്ടും അതെല്ലാം ഭഗവാനിലേക്ക് ലയിക്കുന്നു നമ്മുടെ ദിവസവും രാവിലെ നോക്കിക്കഴിഞ്ഞാലോ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദയവും അസ്തമയും കാണാം നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ പ്രാണൻ ഇതെല്ലാം ഉണർന്നു വരുമ്പോൾ ഒതിച്ചു വരുന്നു അത് കുറേ നേരം ആകാശത്തിൽ സൂര്യൻ ഒതിച്ചു നിൽക്കുന്ന പോലെ നിൽക്കുന്നു വീണ്ടും രാത്രിയാകുമ്പോ അതെല്ലാം കെട്ടടങ്ങി കെട്ടടങ്ങി കെട്ടടങ്ങി ലയിക്കുന്നു അപ്പൊ നമ്മളിലുമുണ്ട് ഒരു ഉദയവും നമ്മളിലുമുണ്ടൊരു അസ്തമയും ഇപ്രകാരം ഏതൊരു ഭഗവാനിൽ നിന്നാണോ എല്ലാം ഉദിച്ചുയർന്നു വരുന്നത് അസ്തമിക്കുന്നത് ആ ഭഗവാനെ പാതിതസ്മേ നമസ്തേ ശബ്ദ ബ്രഹ്മേരി കർമ്മേരി അനിരുതി ഭഗവാൻ കാലൈത്യലമന്തി വിശ്വഹേതം സകലമൈലയാ സർവദാ കൽപ്യമാനം വേദാന്തയത്വഗീതം പുരുഷപരചിതാത്മാവിധം അങ്ങേ ബ്രഹ്മമെന്നും ബ്രഹ്മ പറയാണ് ശബ്ദബ്രഹ്മം കർമ്മം അണു കാലം ഇതി വേദാന്ത പുരുഷപരചിതാത്മാവിധം ജീവബ്രഹ്മം മറ്റേ പരബ്രഹ്മം എന്നുള്ള പല പല രീതിയിലും പലരും വിളിക്കുന്നു ഭഗവാനെ എന്നാൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണ് മൂലപ്രകൃതി വികസിച്ച് സ്ഥൂലപ്രകൃതിയെ വീണ്ടും സ്ഥൂലപ്രകൃതി മൂലപ്രകൃതിയിലേക്ക് പോയി വീണ്ടും ലയിച്ചുകൊണ്ട് ഈ ലീലകൾ ആടുന്നത് അങ്ങയുടെ അങ്ങ എന്ത് വിളിച്ചാലും അതൊക്കെ കേവലം ശബ്ദങ്ങൾ മാത്രം അങ്ങെ എല്ലാറ്റിനും തന്നെയാണ് എന്ന് പറയാണ് സത്വേനാ സത്യവാനു സദസത്വീന ദുർവാചരൂപണിമതിമ േ സത്വേന അസത്ത് അസത്തേയാവാ സത്തേനവാ നിർവാച്യം ഗലു അവിദ്യ പറയണം ആയെ എങ്ങനെ നിർവചിക്കാൻ പറ്റുന്നില്ല ഏതുപോലെയാണ് ഒരു കയറിൽ കിടക്കുന്ന പാമ്പു പോലെയാണ് സന്ധ്യാസമയത്ത് നമുക്ക് കയറ് കാണുമ്പോ പാമ്പായി തോന്നുന്നു വാസ്തവത്തിൽ കയറിൽ പാമ്പുണ്ടായിരുന്നില്ല ടോർച്ചടിച്ചു നോക്കുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ പിന്നെ ഇങ്ങനെ പാമ്പുണ്ടായി ആ കയറിൽ പാമ്പിനെ ആകർഷിപ്പിച്ചുണ്ടാക്കാൻ ആർക്ക് സാധിക്കും നമ്മുടെ മനസ്സിന് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവാണ് ഭഗവാൻ എന്ന ബോധം അറിയാത്തടത്തോളം കാലം പലതിനെയും ആകർഷിച്ച് അത് കൂടെയുള്ളതാണെന്ന് തോന്നിപ്പിക്കാൻ ആർക്ക് സാധിക്കും മനസ്സിന് സാധിക്കും അതനുസരിച്ച് അങ്ങനെ ഒരു എന്നാൽ നിരന്തരമായ സത്സംഗത്തിലൂടെയും ഭഗവത് ഭജനത്തിലൂടെയും ആത്മാവ് തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന ബോധം വരുമ്പോൾ ഗുരുവായൂരപ്പനോട് ആകർഷണം വരുന്നതോറും ലൌകികമായ ആകർഷണം വിട്ടുപോയി നാം സത്യത്തിലേക്ക് ഉയരും സംസാരണ്യസ് ഉടനെ പരിശുരാം ആ സംസാര അരണ്യം കാട് പെട്ടെന്ന് വിധിയാകുന്ന കോടാലികൊണ്ട് പുറഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് എത്തുന്നു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ തസ്മൈ നമസ്തേ ദൂഷാസുണ്ടിശാവാദിക <tries> േ നാം ആഭരണം കാണുന്നു സ്വർണത്തെ കാണുന്നില്ല അതുപോലെ തന്നെ നാം കുടം കാണുന്നു മണ്ണ് മണ്ണ് കാണുന്നില്ല ഇതുപോലെയാണ് നാം ജീവജാലങ്ങളെ കാണുന്നു ഈശ്വരനെ കാണുന്നില്ല പ്രകൃതിയുടെ നിയമം എന്താന്ന് വെച്ചാൽ കോസ് ഇല്ലാതെ ഇഫക്റ്റ് ഉണ്ടാവില്ല കാരണമില്ലാതെ ഒരു കാര്യമുണ്ടാവില്ല അതുപോലെയാണ് പ്രകൃതി പ്രകൃതിയിൽ ഓരോ കാര്യമെങ്കിലും നമ്മളിലും ഈശ്വരനാകുന്ന ചൈതന്യമുള്ളതുകൊണ്ടാണ് ജീവനുള്ള വ്യക്തികൾ ഇവിടെ നിൽക്കുന്നത് പക്ഷെ നമ്മൾ വ്യക്തികളെ കാണുന്നുണ്ട് ആരെ കാണുന്നില്ല ഈശ്വരനെ കാണുന്നു നമുക്കറിയാം ആ കണ്ണിലൂടെ പ്രകാശിക്കുന്ന ചൈതന്യം ആ ചൈതന്യം മരിച്ചവരിൽ ഇല്ല എന്നുള്ളത് കണ്ണിലും സ്വിടിക്കുന്ന ഒരു ചൈതന്യം അത് തന്നെയാണ് ഭഗവാനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ ആദരിക്കാനും കീർത്തിക്കാനും സ്മരിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമധന്യമായി അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ കീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടത് പറയാ നാം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്ന തന്നെയാണ് ഈശ്വര പൂജ അതാണ് ഭാഗവതത്തിൽ പറയുന്നത് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തന്നെയാണ് ഈശ്വരശാപം ഈശ്വരനെശ്വരനെ ശപിക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തിലിരുന്നു കൊണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള വിളക്ക് താഴെ വീഴുമ്പോഴോ വിഗ്രഹം പൊട്ടുമ്പോഴോ അല്ല നിങ്ങൾ വിളക്ക് വളർത്തിക്കാതിരിക്കും അപ്പോഴും നല്ല ഈശ്വരൻ ശവിക്കുന്നത് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോഴാണ് അയാളുടെ ഉള്ളിലിരുന്ന് ഈശ്വരൻ നമ്മളെ ശപിക്കുന്നത് ഇതുപോലെ ഈശ്വരൻ സന്തോഷിക്കുന്നത് നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുമ്പോഴാണ് ഈ ബോധത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഹാർമണി ഐക്യം ഒത്തൊരുമ പറയുന്നത് അപ്പോഴാണ് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ ഉയർത്താൻ ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്രകാരമുള്ള വിദ്യാലാപി തഥൈവ സ്ഫ തന്നെ മനസ്സ് വികസിക്കും ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള കൃഷ്ണ അങ്ങേ നമസ്കരിക്കുന്നു എന്നിട്ടു സൂര്യോഹനോ വാദിവായുസ്ഥധാന പത്മജാദ്യേനു കാലം തസ്മൈ വിശം നിയന്ത്രേകൂർമ്മ പ്രണാമം യദ് സൂര്യ ഉദ്ദേ ആരെ പേടിച്ചിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത് ദഹനാദേവി വായുവാദി അതുപോലെ പത്മജാദ്യ യദ്ബീതാനുകാലം ഉചിതഫലനാഹരന്തി ഇതെല്ലാം അങ്ങയുടെ കാരണം കൊണ്ടല്ലേ ചോദിക്കാൻ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ വായു അകത്ത് കയറുന്നത് ആരെ ആരോടുള്ള ആദരവ് ദഹനം നടക്കുന്നത് ആരുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ രക്തം ഉള്ളിൽ സംക്രമിക്കുന്നത് ആരെ ഓർത്തുകൊണ്ട് ആരുടെ സാന്നിധ്യം കൊണ്ടാണ് ഹൃദയം പ്രവർത്തിക്കുന്നത് കിഡ്നി പ്രവർത്തി നമ്മൾ കൊണ്ടാണോ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്നത് കിഡ്നി കുറച്ചുകൂടി നോക്കുകയോ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂ ഇതൊക്കെ ഏതൊരു സത്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണോ അതുതന്നെയാണ് തസ്മൈ വിശ്വം നിയന്ത്രി ഈ വിശ്വത്തെയും നിയന്ത്രിക്കുന്നവൻ അങ്ങനെയുള്ള ഗുരുവായപ്പ അങ്ങേക്കായിക്കൊണ്ട് കൂർമ്മപ്രണാമം ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയം ദക്ഷണസൈകവാക്യം രൂപം ത്രിപുരമാനസ്വരൂപം ത്രിസ്വസ്ഥാവിതന്തം ത്രിഗജനുഷാം ത്രിക്രമാക്രാന്തവിശം ത്രൈലോക്യേദീനം ത്രിപുരഗമനിശം ലോക തിഗുണമായ ഈ ത്രിലോകത്തെ സൃഷ്ടിക്കുന്നവർ അതിനെ പ്രകടമാക്കുന്നവർ മൂന്നക്ഷരത്തിന് ആശ്രയമായിരിക്കുന്നവർ ഓങ്കാരത്തിന്റെ ആ ഉള്ള ഇതിനെല്ലാം കാരണഭൂതനായിരിക്കുന്നവർ ത്രിമൂർത്തികൾ ഏകസ്വരമായിരിക്കുന്ന അല്ലെങ്കിൽ ഏകസാരമായിരിക്കുന്നവർ അതുപോലെ മൂന്ന് നിഗമങ്ങളാൽ കൈവരിക്കാൻ മൂന്ന് വേദങ്ങളാൽ കൃത്തിക്കപ്പെടുന്നവരും കൈവരിക്കപ്പെടപ്പെടുന്നവരുമായിട്ടുള്ളവർ അതുപോലെ മൂന്നവസ്ഥകളിൽ റിയുന്നവനും വ്യാപരിച്ചിരിക്കുന്നവനുമായിട്ടുള്ളവൻ മൂന്ന് യുഗങ്ങളിലും അവതരിക്കുന്നവൻ മൂന്നടി കൊണ്ട് ലോകത്തെ കീഴയ്ക്കുവൻ ത്രികാലത്തിലും ഭേദമില്ലാതിരിക്കുന്നവൻ മൂന്ന് കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുന്നവൻ കർമ്മജ്ഞാന ഭക്തിയോഗങ്ങൾ കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുന്നവൻ എന്നാൽ ത്രികാലേ ഭിന്നം ത്രിവിരഹം യോഗഭേദയെ ഭജയിത്താൻ ഇപ്രകാരമുള്ള ഗുരുവായൂരപ്പ അങ്ങേ ഞങ്ങൾ ഭജിക്കുന്നു അപ്പൊ ഭഗവാനെ ഇവിടെ പറയുന്നതെല്ലാം അതിലാണ് നിൽക്കുന്നതെന്ന് ഭഗവാൻ അതിനും അതീതനുമാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രകൃതി മൂന്ന് തലത്തിലാണ് നിൽക്കുന്നത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം അതിൽ ജനനം ജീവിതം മരണം അത് നിയന്ത്രിക്കാനാണ് ഇവിടെ ദേവതാ സങ്കല്പങ്ങൾ സൃഷ്ടാവ് ബ്രഹ്മാവ് നിലനിർത്തുന്നവൻ വിഷ്ണു ഉപസംഹരിപ്പിക്കുന്നവൻ അതിൽ നിന്ന് നമുക്ക് മൂന്ന് അനുഭവങ്ങൾ ഉണ്ടാവുന്നു എന്തൊക്കെയാണ് ജനനം ജീവിതം മരണം ഇതിൽ നിന്ന് നമുക്ക് സുഖം ദുഃഖം ഭയം ഇങ്ങനെയാണ് മനുഷ്യജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വ്യാപരിച്ചിരിക്കുന്നത് ഏതൊരു ഭഗവാനിലാണോ ആ ഭഗവാൻ ഇതിനെല്ലാം അതീതനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്രകാരമുള്ള ഗുരുവായപ്പ അങ്ങി നമസ്കാരം നിത്യം ശുദ്ധം വിബുദ്ധം നിത്യമുക്തം നിരീഹം നിർദ്വന്തം നിർവികാരം വ്യഞ്ജനാധാരഭൂതം നിർമ്മൂലം നിർമ്മലന്തം നിരവധി മഹിമോലാസി നിർലീനമന്ത് നിസ്സംഗാനുനീനം പ്രകാശം സത്യമാണ് ഭഗവാൻ സത്യമായിരിക്കുന്നവൻ എപ്പോഴും കൂടെയുള്ളവൻ ശുദ്ധം വിശുദ്ധം വിബുദ്ധം നിത്യമുക്തം നിരീകം നിർദ്ദന്തം നിർവികാരം നിഗുല ഗുണ നിഗുല ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമ്മൂലം നിർമ്മലം നിരവധി മഹിലോല്ലാസി നിസ്സംഗാനാമുനീനം അന്ത നിരീനം ആരാണോ മനസ്സുകൊണ്ട് മറ്റ് ചിന്തകളിൽ നിന്നും മുക്തരായിരിക്കുന്നവർക്ക് അവർക്ക് പ്രാപിക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള പരമാനന്ദ സാന്തൃപ്രകാശമായിരിക്കുന്ന ഭഗവാനെ അങ്ങ് ജയിക്കട്ടെ അങ്ങയുടെ രൂപത്തെ ആ തത്വത്തെ ഞാൻ നമസ്കരിക്കുന്നു ഇനി ഉപസമരിപ്പിക്കണപ്പെട്ട ജനിപ്പാണ് ദുർവാരം ദാദശാരംപരിമിളൻ ഷഷ്ടിപർവാം സംഭ്രാമിക്രൂരവേഗം ചടമനജാ ചിത്യസന്ധാമമാനം ചക്രന്ദേ കാലരൂപം കർപ്പതീകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ അവനവരവതേ ആഹി സർവാമയോശ പരിമിളൽ ഷഷ്ടിപർവാീതം ഒന്നൂറ്റി അറുപത് ചെറിയ ചെറിയ മുലകളുള്ളത് സംബ്രാഹ്മിക്രൂരവേഗം വളരെ വേഗത്തിൽ കറങ്ങുന്ന തേ കാലരൂപം വേദുമാം നമ്മളൊക്കെ ഇരിക്കുന്നത് ഒരു ചക്രത്തിലാണ് ആ ചക്രത്തിന്റെ പേര് കാലചക്രം എന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഈ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കാൻ ാധ്യതയുണ്ട് കാരണം ചുറ്റുപാടിനോട് അട്രാക്ഷനുള്ള നമുക്ക് കാലത്തിൽ പിടിച്ചിരിക്കുന്ന നമുക്ക് കാലം നമ്മളെയും സ്വാധീനിക്കാം ഒരു പുഴയിൽ തോണിയിലിരിക്കുന്ന വ്യക്തിയെ പോലെയാണത് തോണി ഇളകുന്ന സമയത്ത് തോണിയിലുള്ളവനും ഇളകും ഇതുപോലെ കാലചക്രത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അത് നമ്മളെയും സ്വാധീനിക്കും ഇവിടെ വല്ലവരും മരിച്ചാൽ നമ്മൾ ദുഃഖിക്കണം വല്ലവരും ജനിച്ചാൽ സുഖിക്കണം കാരണം കാലത്തിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ കാലത്തിന്റെ സ്വാധീനത്തിലാണ് ഇരിക്കുന്നത് എന്നാൽ ഏതൊരു വ്യക്തിയാണോ ഈ ചക്രത്തിനപ്പുറം ഒരു സത്യമുണ്ട് അതാണ് ഭഗവാൻ പറയുന്നത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേജ് രാമയൻ സർവഭൂതാനി യൂഢാണി മായ ഈ ചക്രത്തിന്റെ പിന്നിൽ ഇളകാത്തതായ ഒരു ആശ്രയമുണ്ട് ആ ആശ്രയമായിരിക്കുന്ന എന്നെ പിടിച്ചാൽ കാലത്തിന്റെ പിടിയിൽ നിന്നും നിങ്ങളെ ഉയർത്താൻ സാധിക്കും ഭഗവാൻ പറയും തരന്തി ഈ ഗുണമയായിരിക്കുന്ന കാലചക്രത്തിൽ നിന്ന് മുക്തമാവാൻ എന്താ വഴി മാമേവ പ്രപത്യന്തേ മാമേവ പ്രപദ്മയെ പിടിക്കുന്നതാണോ മാമയെ പിടിക്കുന്ന മാം ഏവ മാമേവൽ എന്റെ തന്നെ മുറുകെ പിടിച്ചാൽ മായാമേതം തരന്തി ഈ കാലത്തിൽ നിന്നും എപ്പോഴും നമ്മൾ ഈ വിചാരം ഉള്ളിൽ ഗുരുവായൂരപ്പനെ പിടിച്ചുകൊണ്ടും പുറമേ നമ്മൾ കാലത്തിന്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടും ജീവിക്കാൻ സാധിക്കണം ഇങ്ങനെ ഈ കുട്ടികളുണ്ടല്ലോ ചേർ കളിക്കുന്ന ഒരു എന്താ പറയുക തിരിച്ചു ചേർക്കണേ അല്ലേ ആ ശ്രദ്ധ അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ ശ്രദ്ധ മുഴുവൻ ചേർന്നു വിസിൽ വിളിച്ചപ്പം ചേറിൽ ചാടിക്കു വരും അങ്ങനെ ചേർന്ന് പോകരുത് ഇതുപോലെ നമ്മൾ ഈ കാലചക്രത്തിൽ ഇങ്ങനെ കറങ്ങണം പക്ഷെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരിക്കണം ഗുരുവായൂരപ്പനായിരിക്കുന്ന ചേറിലായിരിക്കണം വിസിൽ വിളിച്ചപ്പം വിളിച്ചു പോകണം ചേർന്ന് അനുഭവത്തിന്റെ വിസിൽ വിളിക്കും ആ വിസിൽ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ വിസിൽ വിളിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കരുത് വിസിൽ വിളിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേറും കൊണ്ട് വല്ലവരും പോകും ശ്രദ്ധ മുഴുവൻ ചേറിൽ വെച്ചുകൊണ്ടോണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉയർത്താൻ സാധിക്കും ഇനി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദശകത്തിൽ ഭഗവാന്റെ മഹിമ വർദ്ധിച്ചുകൊണ്ട് നൂറാമത്തെ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപ വർദ്ധനയും ചെയ്തു ബന്ധപ്പെട്ടത് വിഷ്ണോർവീരാ കഥയത് തരണി കശ്ചരേന്ത്രേണതവിമതം പൂർണ്ണസമ്പൽ യോസോ വിശ്വാനി ദ പ്രിയഹ പരമം താമസിയം ഗുരുവായ അവിടുത്തെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ മഹാത്മ്യങ്ങൾ ആർക്ക് പറയാൻ സാധിക്കും ത്രിലോകത്തെ മതിവർത്തിക്കുന്ന മഹിമയുള്ള ഗുരുവായൂരപ്പ ഒരുപക്ഷെ ഭൂമിയിലുള്ള മണ്ണ് കൊടിമണ്ണിനെ നമുക്ക് എണ്ണാൻ സാധിച്ചു എന്നാലും അവിടുത്തെ ലീലാവതാരങ്ങളെ വർണ്ണിക്കാൻ സാധ്യമല്ല അത്ര അത്ഭുതങ്ങളായിട്ടുള്ള കഥകളും ലീലകളുമാണ് ഒന്നുണ്ട് അവിടുത്തെ ആ പരമമായ പദത്തെ മനസ്സിലാക്കിക്കൊണ്ട് തൊൽഭക്തായത്രമാദ്യം തമർദം ആരാണോ ഭഗവാന്റെ പരമമായ പദത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ലഭിക്കാൻ പരിശീലിപ്പിക്കുന്നത് അവർക്ക് ഈ ലോകത്തിൽ പരമസുഖം അനുഭവിച്ചുകൊണ്ട് കാലപ്രവാഹത്തിന്റെ പിടിയിൽ നിന്നും മുക്തരായി തീരാൻ സാധിക്കും അപ്രകാരമുള്ള ഗുരുവായപ്പനെ ഓർത്തുകൊണ്ട് പട്ടനിപ്പാട് വീണ്ടും പറയുന്നു ആദ്യായാ ശേഷകർ പ്രതിനിമിഷ നവീനായ ഭർത്തേ ോ വർണ്ണയേവൂർ ആരാണ് ഭഗവാനെ പ്രാപിക്കാൻ യോഗ്യരായിട്ടുള്ള ഭക്താത്മാ തന്റെ ആത്മാവായി ഏതൊരു ഭക്തരാണോ അശേഷകർത്തേ തന്റെ എല്ലാ കർമ്മങ്ങളും ആത്യന്തം പ്രതിനിമിഷ നവിനായ ഓരോ നിമിഷവും വിഭൂദേവർത്തെ വിഷ്ണവേ തന്റെ ആരാധനാമൂർത്തിയായി വിഷ്ണുവിനെ കണ്ടുകൊണ്ട് ആത്മാവായ ഭഗവാനെ ആരാധനാമൂർത്തിയെ കണ്ടുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടും കൃഷ്ണാദ്യം ജന്മവർണ്ണയിൽ ആ ഭഗവാന്റെ മഹാത്മ്യത്തെ നാമസങ്കീർത്തത്തിലൂടെ വർണ്ണിച്ചുകൊണ്ട് പീത ഭഗവാനെ പീതപ്പെടുത്തുന്നത് അപ്രകാരമുള്ള ആള് പറയുന്നു പ്രാപ്യന്തേ പദം എവിടെയുള്ള പദം അന്തേ തന്റെ ഉള്ളിൽ തന്നെയുള്ള പരമമായ പദത്തെ അത് തന്നെയാണ് വൈകുണ്ഠ പദം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്രകാരം ഭഗവാന്റെ പദത്തെ അർഹിക്കുന്നവർ ആരാണ് കർമ്മയോഗം ചെയ്യുകയും വേണം അതുപോലെ തന്നെ ഭക്തിയോഗം ചെയ്യുകയും വേണം ഇത് മൂന്നും നിങ്ങൾ തിരിച്ചറിയൂ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ശരീരം ദാസഭാവത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കണം മനസ്സ് എന്തനുഭവങ്ങൾ വന്നാലും ഭഗവത് പ്രസാദമായി സീ ബുദ്ധി എപ്പോഴും ഭഗവാൻ കൂടെയുണ്ടെന്നും താൻ ഭഗവാന്റെ ദാസനാണെന്നും പറഞ്ഞുകൊണ്ട് തന്റേതെല്ലാം ഭഗവാന്റെയാണെന്നും പറഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ അവർക്ക് ഈ ജന്മം തന്നെ എവിടെ എത്തിച്ചേരാം ഭഗവാൻ എത്തിച്ചേരാം ഹേ സോദാര കവിന്ദ്രഹകലുദാദ് അഖില സുഖകരാണി സങ്കീർത്തയുദ്ധം ഹേ വിഷ്ണോ കീർത്തു മഹത അമ്പേയം കവിശ്രേഷ്ഠന്മാരെ ഭക്തന്മാരെ നിങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭഗവാന്റെ നാമങ്ങളെ കഥകളെ പാടുവിൻ ഖലാ ചേതയദ്ധേതാവ്യക്തം വേദസ്യതാരം ജനലോപാത്തലീലാ കഥാപി ആ വേദസാരം നിങ്ങളുടെ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇവിടെ കൃഷ്ണനായി അവതരിച്ച് ലീലകളാടിയിരിക്കുന്നതെന്ന കാര്യം ഇതെല്ലാം പ്രണത അസ്യ നാമാനി അകല സുഖകരാണി എല്ലാവിധത്തിലും പരമമായ സുഖം അനുഭവിച്ചുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ട് സങ്കീർത്തയുദ്ധം ഹേ വിഷ്ണു അപ്രകാരം കീർത്തനാദ്യങ്ങളെക്കൊണ്ട് തത്വബോധത്തെ കൈവരിക്കൂ ഞാൻ കൈവരിച്ചുകൊള്ളാം എന്ന് പട്ടതിരിപ്പാട് പറയണം വിഷ്ണോ കർമാണി സമ്പശ്യത മനസ്സ സദായീ സമാനബന്ദ്ശൈഷമൃത്യാ വേസഗൈവതോക്ഷേമകാരീ വീക്ഷന്ദേ യോഗ സിദ്ധ പരപതമനിശം യശം വിപ്ലേന്ദ്രോ ജാഗരൂകൃതയോ യർഭാസയതേ ഭക്തന്മാരെ ഭഗവാന്റെ കർമ്മങ്ങളെ കണ്ടുകൊണ്ട് ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ദ്രനു പോലും അപ്രാപ്യമായിരിക്കുന്ന ആ ഭഗവാനെ കണ്ടുകൊണ്ട് പരമമായ പദത്തെ നിങ്ങൾക്ക് ഇവിടെ കൈവരിക്കാൻ സാധിക്കും ഭഗവാന്റെ ആ പരമപദത്തെ ഭഗവാൻ ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുതന്നെ കൈവരിക്കാൻ പ്രൈണോ ജാഗരൂക നിർഭാസയന്തി അതീവ ശ്രദ്ധയോടെ ആ പരമപഥത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആചാര്യന്മാരിലൂടെ അതുപോലെ സത്സംഗങ്ങളിലൂടെ നാമസങ്കീർത്തനത്തിലൂടെയൊക്കെ അതനുഭവിക്കൂ ഭക്തന്മാരായിട്ട് നമ്മളോട് പറയാന നോജാതോ ജായമാനോ വിധ സമതികത തന്മഹി നോവസാനം ി വിഷ്ണോ തം ത്വാം സൗസ്വാമി അസ്യോകത്രയൂം വിഭ്രാജമാനേദുണ്ട ലോകേ ലോ ജാതോ ജനിച്ചവനും ജനിക്കാത്തവനൊന്നും അവിടുത്തെ മഹിമയെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഒന്നേ സാധിക്കുള്ളൂ ഭഗവാനെ തേന ശംസാനി അവ നാമസങ്കീർത്തനത്തിലൂടെ പ്രശംസിച്ച് നാമ കീർത്തിച്ചുകൊണ്ടും സന്തോഷിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ നമസ്കരിച്ചുകൊണ്ടും അങ്ങനെ ഞങ്ങൾ ഭഗവാനെ അങ്ങേ സ്വോത്രങ്ങളെക്കൊണ്ടും നമസ്കാരങ്ങളെ കൊണ്ടും സ്തുതിച്ചുകൊള്ളാം ആപസൃഷ്ട്യാധിജന്യ ഹ്രതമൈവിഭോ ഗർഭേശേതാ എത്ര ജീവനഹരി സങ്ക ഐക്യമാവൻ തസ്യജസ്യ പ്രബോധേ വിനീതമപവൽ പത്മമേഗം ഹിതാവോ യഹു കരകരണിബൾ കർണികം ലോകരൂപം ആദിയിൽ ആദിനാരായണ രൂപത്തിലിരിക്കുന്ന സമയത്ത് സൃഷ്ടിയാദ്യോ ത്വം ഗർഭദേശെ അവിടുത്തെ പൂക്കളിൽ നിന്നും അരേ ഭഗവാനെ അതാ ഒരു താമരപ്പൂ പുറത്ത് ഏകം പത്മം അതിൽ നിന്നൊരു ബ്രഹ്മാവ് ജനിക്കുന്നു ആ ബ്രഹ്മാവ് അങ്ങേ അന്വേഷിച്ചു നടക്കുന്നു ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് ഈ പത്മം വാസ്തവത്തിൽ എന്ത് തന്നെയാണ് ലോകരൂപമാഹു ലോകം തന്നെയാണ് എന്ന് പറയാനുള്ളത് ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ വേർ ഇസ് നോ മൈ വേർ ഇസ് നോ വേൾഡ് എന്നാണ് ഇതാണ് സത്യം ലോകം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുകൊണ്ട് കാണുന്ന അല്ല ലോകം നമ്മുടെ മനസ്സുണ്ടെങ്കിലാണ് ലോകമുള്ളത് നിങ്ങൾക്ക് മനസ്സില്ലാതെ വിചാരിക്കുക ലോകമുണ്ടോ ഉറക്കത്തിൽ വല്ല ലോകമുണ്ടോ ഒരു ലോകമേ ഉള്ളൂ അഥവാ ലോകം പിന്നെ എന്ത് ലോകമുള്ളത് ഉറക്കത്തിൽ ഒന്നുമില്ല അപ്പൊ മനസ്സ് തന്നെയാണ് നമ്മുടെ ഈ മനസ് താമരയായിട്ടും അതുപോലെ ഉള്ളിരിക്കുന്ന ഭഗവത് ചൈതന്യം തന്നെയാണ് അന്തരാത്മാവായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അതിനാരായണം ഒത്തിയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് Dal, yuyam, manaso, life, േ ലോകാ വിഷ്ണുരേതൽ ഭുവനമജനത്തന്നജാനീതയൂയം യുഷ്മാകം ചെന്തനസ്ഥം യമവിതവരം വിദ്യദേ വിഷ്ണുരൂപം നീഹാരപ്രക്യ പരിമിതമനസോ മോഹിത നാമരൂപേ പ്രാണപ്രത്യേകതാ ചരതമകര അന്തനിശ്യാമകുന്ദേ ഭക്തന്മാരെ സദ്യക്കു വിഷ്ണുരേതൽ ഈ കാണുന്ന വിഷയം മുഴുവൻ മനസ്സിലൂടെ വികസിച്ചിരിക്കുന്ന വിശ്വം മുഴുവൻ ഇത് വികസിപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഭഗവാനില്ലെങ്കിൽ ഏത് മനസ്സിൽ എന്ത് വികസിപ്പിക്കാൻ പറ്റും പരിശരീരത്തിനും വല്ലതും വികസിപ്പിക്കാൻ പറ്റുമോ അപ്രകാരം നമ്മൾ ഭഗവാനെ അന്തരാത്മാവായി അറിയുന്നില്ല കാരണം നമ്മുടെ മനസ്സിൽ ചിന്തയും വരുന്നത് ഈ ജീവൻ എന്ന് പറയുന്ന സാധനം നിസ്സാര വസ്തുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നിട്ടോ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ കൂടെയാണ് യാഗങ്ങളും ഹോമങ്ങളും ചെയ്തുകൊണ്ട് അങ്ങോ ത്യമായ പരിമിത മനസ നാമരൂപി മോഹിത പ്രാണപ്രത്യേക ആപ്ത മകത്വര പൂജകളും അതുപോലെ യജ്ഞങ്ങളും ചെയ്യാനായി ആളുകൾ ഓടി നടക്കാൻ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്റെ അന്തരാത്മാവായി ഗുരുവായൂരപ്പനുണ്ടെന്ന ബോധം അവന്റെ ഉള്ളിൽ വരുന്നില്ല ഇപ്രകാരം നമ്മളൊക്കെ മോഹിച്ചിരിക്കുന്നു ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും ജീവിതത്തെ ഉയർത്തു വരെയാണ് മോദ്ദാനം വഹസി ഗലു കൽപ്പോത്മ്യാതിഷ്ഠൻ പരിമിത വിവരേ ആസിചിത്തരേബി ഭൂതം ഭവ്യം ചർവം പരപുരുഷഭവാൻ കിഞ്ചദേഹേന്ദ്രിയാദിഷു ആവിഷ്ടേ വിക്ലത്സുരസം ചാരുമേത്തമേവ അങ്ങനെ ഭഗവാൻ തന്നെയാണ് ഈ വിശ്വമായി പരിണമിച്ച് ആയിരമായിരം ശിരസുകളും നേത്രങ്ങളും കണ്ണുകളും മൂർധാനാമഷാമ്പതാനാം മഹസി സഹസ്രാടി സംഭൂരി വിശ്വം ഇങ്ങനെ ഫലതുമായി തിരിക്കുമ്പോഴും ഭഗവാൻ ദാസി ചിത്താന്തരേബി പ്രകാശിക്കുന്നത് പുറത്തല്ല ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ പ്രകാശിക്കുന്നത് ഭൂതം ഭവ്യം സർവം പരപുരുഷ ഭഗവാൻ ഇതൊക്കെ ഭഗവാൻ പലയിടത്തും പല രൂപങ്ങളിൽ നിൽക്കുന്നുവെങ്കിലും പറയുന്നു അമൃതസുഖരസംചാരവും ക്ഷേത്രമേവ കിഞ്ചദേഹേന്ദ്രിയാദി ആവിഷ്ടു ഈ ദേഹേന്ദ്രിയങ്ങളിൽ നിന്നും അന്യനായിരിക്കുന്ന അതിൽ പ്രവേശിച്ച് അന്യമായി നിൽക്കുന്ന ആ ഭഗവാനിൽ തന്നെയാണ് അമൃതസുഖരസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ആത്മാവായി തന്നെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ഭജിക്കാൻ തുടങ്ങും പറയാം യത്തൊത്രയിലോക്യൂപം മഹിമ ോപിതാവൽക്കൽവാം ഇഷ്ടംപരിതോസ്മൈതേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ രഹസ്യങ്ങളെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് കാരണം അന്വേഷിച്ചു പോയിട്ട് വെറുതെയാണ് ഇതെന്തുകൊണ്ട് സംഭവിച്ചു അതെന്തുകൊണ്ട് സംഭവിച്ചു കാരണം നമ്മുടെ മനസ്സിലെത്തിച്ചേരാൻ പറ്റുന്നത് ചെറിയൊരു തലത്തിൽ മാത്രമാണ് ഭഗവാനെ തൈലോക്യരൂപന്തത്വം നിർഗത ശുദ്ധ ശുദ്ധാജ്ഞാത്മാവർത്തസേ ഭഗവാനാണെങ്കിലോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ഭഗവാന്റെ മഹിമ ആർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ ഏതൊരാളാണോ തന്റെ ആത്മാവായി ഇരിക്കുന്ന ഭഗവാനെ രിച്ചുകൊണ്ട് ആ മനസ്സിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നത് അവർക്കെവിടെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും അല്ലാത്തവർക്ക് പ്രശ്നങ്ങളുടെ അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്ന് ദുഃഖിക്കാത്തവരിയാണ് അവ്യക്തം സ്വരൂപം തത്വശുദ്ധീകസത്വം വ്യക്തം ചാപ്പ്യേനോലതുല്യം സർവോൽകൃഷ്ടാമഭീഷ്ടം അധികുണരസേനം ഹരന്തി സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ രൂപം അവ്യക്തം തന്നെയാണ് അവ്യക്തം തേ സ്വരൂപം ദുരതിഗമനം എല്ലാവർക്കൊന്നും ആ രൂപത്തെ പ്രാപിക്കാൻ സാധ്യല്ല മനസ്സ് അത്ര ശുദ്ധമായ ശുദ്ധമായ സത്വഗുണത്തിലേക്ക് അതായത് ചിന്തകളെ മുക്തമാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് നിരന്തരമായ നാമസ്മരണത്തോടുകൂടിയിട്ട് ഭഗവാന്റെ അവ്യക്ത രൂപത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ക്ലേശോ അധികര സ്തേശാവ്യക്താസത്തേ ദശാം അവ്യക്തമായ തത്വത്തെ അനുഭവിക്കാൻ ക്ലേശം തന്നെയാണ് കാരണം ദേഹവദ്ധി ഈ ദേഹചിന്ത അലട്ടുന്നവർക്കൊന്നും പറ്റില്ല അപ്പൊ ദേഹചിന്തയും കുടുംബചിന്തയും നാട്ടിലെ ചിന്തയും ഒരു വ്യക്തിക്ക് അവ്യക്തമായ ഈശ്വര മനസ്സിലാക്കാൻ പ്രയാസമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിച്ചു വിവച്ചിരിക്കുന്നത് പറയാണ് അധിക ഗുണരസേനൈവിത്തം ഹരന്തി ഭഗവാനെ എന്റെ മറ്റൊന്നിലേക്കും ചരിച്ചു പോവാതിരിക്കാൻ ഞാൻ ഗുരുവായൂരപ്പ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഗുരുവായൂരിൽ നിൽക്കുന്ന ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിൽ തന്നെ മൂർത്തി തേ സംശ്രയികണം അപ്പം മൂർത്തിയെ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനസ്സിനെ ഏകാഗ്രത കൊണ്ടുവന്ന് എന്നിട്ട് ആ ഏകാഗ്രതയുള്ള മനസ്സുകൊണ്ട് വേണം അവ്യക്തമായ രൂപത്തെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പം ശ്രദ്ധ വയ്ക്കുന്നത് മനസ്സിനെ ഉറപ്പിക്കുന്നത് മുന്നിലുള്ള വിഗ്രഹത്തിലാണെങ്കിൽ മനസ്സിനെ ലയിപ്പിക്കുന്നത് ആത്മാവായിരിക്കുന്ന ഭഗവാനിലാണ് അങ്ങനെയുള്ള മൂർത്തി സംശ്രയിടം ആശ്രയിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഗുരുവായപ്പ എന്റെ സർവരോഗത്തിൽ നിന്ന് മുക്തമാക്കി ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും എനിക്ക് നേടിത്താൻ അനുഗ്രഹിക്കേണ്ടവേ എന്ന് പറഞ്ഞ് ഇനി ഭട്ടതിരിപ്പാട് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ഗുരുവായൂരപ്പനെ ശരിക്കും തേജസ്സാർദൻ ഗുരുവായൂരപ്പനെ കാണാനാണ് അപ്പൊ തുടങ്ങിയത് സാന്ദ്രാനന്ദാവബോധത്തിലാണ് അവസാനിപ്പിക്കുന്നത് ഭഗവാന്റെ ആ കേശാതിപാത വർണ്ണനയിലാണ് അപ്പൊ ഇവിടെ നമുക്ക് കാണാം രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാനുണ്ട് ഒന്ന് ഏകാഗ്രത നേടണം മനസ്സിന് ആ ഏകാഗ്രത നേടാൻ നമ്മൾ ഒരു മൂർത്തിയെ ഉപാസിച്ചുകൊണ്ട് മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഏകാഗ്രത നേടിയ മനസ്സ് വേണം ഭഗവത് തത്വത്തിലേക്ക് സമർപ്പിച്ച് ലയിപ്പിക്കാൻ അപ്പം ലയം ഉള്ളിലും ഏകാഗ്രത നടക്കേണ്ടത് മുന്നിലുമാണ് അപ്പം നമ്മൾ ഒരു രൂപത്തിൽ തന്നെ മനസ്സിനെ ഏകീകരിപ്പിച്ചുകൊള്ളണം മറ്റു രൂപങ്ങളിലേക്ക് ചെതറാൻ മനസ്സ് സ്പ്രിറ്റ് ആവാൻ മനസ്സിനെ അനുവദിക്കരുത് ഇപ്പൊ നമുക്ക് എന്ത് പറ്റി വച്ചാൽ അനവധി ദേവതാ സങ്കല്പം ഉള്ളത് കൊണ്ട് നമ്മുടെ മനസ്സങ്ങനെ സ്പിറ്റായി പോകണം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതാണ് നമുക്ക് ഏകാഗ്രതയും വരുന്നില്ല പിന്നീട് ലയവും വരുന്നില്ല ഏകാഗ്രതയുള്ള ഒരാൾക്ക് ഇതൊക്കെ ഉപനിഷത്താണ് പറയുന്നത് ദൃശ്യതേത്വ അഗ്രിയ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മബുദ്ധി സൂക്ഷ്മബുദ്ധിയുള്ളവർക്ക് ലയം സംഭവിക്കുള്ളൂ ആ സൂക്ഷ്മബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഏകാഗ്രത ബുദ്ധി വേണം ഏകാഗ്രത കിട്ടണമെങ്കിൽ മൂർത്തിയെ ഉപാസിക്കണം ആ മൂർത്തി ഉപാസിച്ചുകൊണ്ടുള്ള ഏകാഗ്രത കൊണ്ട് വേണം ഭഗവാന്റെ തത്വത്തിലേക്ക് ലയിപ്പിക്കാൻ ഭഗവാൻ പറയും ഉപനിഷത്തിൽ പറയും നായമാത്മാ ബലഹീനേന ലഭ്യ നിങ്ങൾക്കൊരിക്കലും ആത്മശക്തി ബലഹീനന്മാരായിട്ട് ആളുകൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു ബലഹീന എന്ന് പറഞ്ഞാൽ ഒന്നിലും ഒരു ദൃഢതയില്ലാത്തവൻ മനസ്സിങ്ങനെ പാറി നടക്കുന്നവൻ സ്പ്ലിറ്റായി നടക്കുന്ന സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും ഒന്നിലും ഒരു ഏകാഗ്രത ഇല്ലാത്തവൻ അങ്ങനെയുള്ള ഏകാഗ്രത നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദൃഢമായൊരു വ്യക്തിത്വം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് തളരാത്തൊരു വ്യക്തിത്വം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ഇല്ലാതെ നിങ്ങൾ ഭജിക്കണം കാരണം നമ്മുടെ കൾച്ചറുണ്ടല്ലോ ഹിന്ദു കൾച്ചറ് അതൊരു ജന്തു കൾച്ചറാണത് ആകെ കൺഫ്യൂഷനാണത് കുറെ ദൈവങ്ങൾ അമ്പലത്തിൽ വെച്ച് കുറേ വിഗ്രഹങ്ങൾ എല്ലാം കൂടി കൺഫ്യൂഷൻ അത് വേണം ഏത് വേണം ഏത് വേണം അപ്പം അവിടെയൊക്കെയാണ് നമ്മൾ ശാസ്ത്രം പിടിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത് മൂർത്തിയെ വെച്ചിരിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാനും ആ ഏകാഗ്രമായ മനസ്സുകൊണ്ട് വേണം തന്റെ മനസ്സിനെ അന്തരാത്മാവായ ഭഗവാനിൽ നേയം ഉള്ളിലും നടക്കണം ഏകാഗ്രത പുറത്തും നടക്കണം ഇതെല്ലാവർക്കും വേണമെന്നില്ല ചിലർക്കിതില്ലാതെ തന്നെ ഉയരാൻ പറ്റും ഇനി വിഗ്രഹത്തെ കാണാൻ പറ്റാത്തവർക്ക് വെളിച്ചം സൂര്യനെ നോക്കാം ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചുകൊണ്ട് ഉയരാൻ ശ്രമിക്കൂയം ൂഷാവിദോഹം അതനുതരെ ദിവ്യവൈശോരവേഷം തരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിത പട്ടതിരിപ്പാട് തന്റെ മുന്നിൽ കാണുന്ന അഹം നിബിഡതരകളായവലീലോപനീയം തേജ അഗ്രേ പശ്യമി കാർമികത്തിന്റെ കൂട്ടം നിൽക്കുന്നത് പോലെ ഒരുപാട് വിളക്കുകളുണ്ട് ഗുരുവായൽ ആ പ്രകാശത്തിന്റെ ഇടയിൽ ഒരു കറുത്ത രൂപം നിൽക്കുമ്പോൾ ആകാശത്തിൽ ഒരു കാർമീകം നിൽക്കുന്ന പോലെ ആ പട്ടുനിരിപ്പാടിന് തോന്നുന്നു ന എങ്ങനെയുള്ള കാർമീകമാണ് രൂപമാണ് പറയണോ അങ്ങനെ ഒരു ജഡമായതല്ല തേജസ് അങ്ങേറ്റത്തെ തേജസ്വറ്റതാണ് അഗ്ര മുന്നിൽ നിൽക്കുകയാണ് പീയൂഷപ്ലാവിദോഹം എന്റെ കണ്ണുകളും എന്റെ മനസ്സും ആ രൂപത്തിലേക്ക് അങ്ങോട്ട് ലയിക്കുന്നു ഇത് തന്നെയാണ് ഉപനിഷസുന്ദരി മണ്ഡലീശ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വമസി എന്ന് പറയുന്ന ഭാഗം തന്റെ ഉള്ളിരിയിക്കുന്ന ചൈതന്യം തന്നെയാണ് ആ കാർമ്മിക വർണ്ണരൂപത്തിലൂടെ പ്രകാശിച്ച് തൈജോമയമായി തന്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ പരമസുഖാസ്വാദരോമാഞ്ചിതാങ്കൈ എന്റെ മനസ്സിനും എന്റെ ബുദ്ധിക്കും എന്റെ ശരീരത്തിനും പരമസുഖം തന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഞാൻ ദർവിശേഷം ലയിച്ചുകൊണ്ട് എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്ന ആ പരമസത്വം അതുതന്നെയാണ് നാരദാദി നാരദാദി മഹർഷിമാരും ദർശിച്ച പരമസത്യം അങ്ങനെയുള്ള ഗുരുവായപ്പ ഞാൻ ആ രൂപത്തെ കാണുന്നു ഇനി ആ രൂപത്തിന്റെ ഭംഗിയെ വർണ്ണിക്കുകയാണ് നീലാഭം കുഞ്ചിദാഗ്രം കനമമലതരം സംയതം രത്നോത്തം സാവിരാമംയ ചന്ദ്രകൈ പിഞ്ചരാലൈ മന്ദാരശ്രിബീതം നീലനിറമുള്ള നീലാവം കുഞ്ചിതാഗ്രം അറ്റം ചുരുണ്ടതായിട്ടുള്ള അമലതരം യാതൊരു വിധത്തിലുള്ള മാലിന്യമല്ലാത്ത നിർമ്മല മാലിന്യതയുമില്ലാത്ത ചാരുഭംഗിയ അതീവ സുന്ദരമായിരിക്കുന്ന രക്തോത്സാവിരാമം പിഞ്ചജാലി പറയണോ കിരീടത്തിന് താഴെയായിട്ട് അത് അതിമനോഹരമായിരിക്കുന്ന മയിൽപ്പീലികൾക്ക് താഴെയായിട്ട് മന്ദാരശ്രംഗ്നി വീതം തവപൃതുകരീപനം ഭഗവാന്റെ മുടികളെ എനിക്കിതാ കിരീടം അതുപോലെ തന്നെ മയിൽപ്പീലി അതിൽ വെച്ചിരിക്കുന്ന മയിൽപ്പീലി അതുപോലെ ഭഗവാന്റെ മുടികളെ എല്ലാം കണ്ടുകൊണ്ട് പറയുന്നു അത് മാത്രമല്ല അസുലിതാം പാലവാലി ആ മനോഹരമായ നെറ്റിത്തടവും ഞാനിതാ ഗുരുവായപ്പ ഞാൻ വളരെ വ്യക്തമായി കാണുന്നു ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവതുലഹരി ചഞ്ചലബ്രൂവിളാസൈ ആ നീല സ്നിഗപക്ഷമാവരി പരിരസിതം നേത്രയുക്തം വിബോധേ സാങ്കളാരുണകമലാകാരമാമുദ്ധതാരം കാരുണ്യലോകലീന ശിശിരിതഭുവനം ചിപ്യതാ മയ്യദാ അനന്തമായ കാരുണ്യം നിറഞ്ഞിരിക്കുന്ന പൂർണ്ണാകമ്പാർണവ ചെറുതായി ഇളകുന്ന രോമങ്ങളുടെ ഇടയിൽ അതിമനോഹരമായി താമരപ്പൂവിന്റെ ദളം പോലെ നീണ്ടിരിക്കുന്ന ഉള്ളിൽ അതിമനോഹരമായി പ്രകാശിക്കുന്ന ഭഗവാനെ അവിടുത്തെ നേത്രയുക്തം അത് ഞാൻ കാണുന്നു ആ കണ്ണുകൾ എന്റെ മേൽ പതിക്കേണമേ എനിക്കങ്ങല്ലാതെ മറ്റൊരാശ്രയവും ഇല്ല ഗുരുവായൂരപ്പ ഉത്തുങ്കോലാസിരിമണിമുഗുര പ്രി വ്യാൽമണി ീപംന്തര ചായന്തരം അക്തമുൽഫാസാം മേ ആ മുഖത്ത് ഉയർന്നു നിൽക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായ മൂക്ക് അതുപോലെ ഇന്ദ്രനീലക്കല്ലുകൊണ്ട് ശോഭിക്കുന്ന ആ കുണ്ടലങ്ങൾ കരിമണിമുഖരപ്പോൾ ഗണ്ഡപാളി കർണപാശാഞ്ചിത മണികുണ്ടലം എന്തൊരു മനോഹരമായിരിക്കുന്നു ഭഗവാനെ അതുപോലെ തന്നെ എന്നെ അതീവമായി മോഹിപ്പിക്കുന്ന ബിംബാന്തരാന്ത പ്രീതിപ്രസ്യന്ത അതിമനോഹരമായ പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ എന്നെ വശീകരിക്കുന്നു ആകർഷിക്കുന്നു അപ്രകാരമുള്ള മന്ദസ്മിതം എന്നിലേക്ക് മന്ദസ്മിതം എനിക്ക് കാണേണം കാണാൻ സാധിക്കുന്നു അത് കുന്നുകൂടിയും എപ്പോഴും കാണാൻ സാധിക്കണേ ഗുരുവായൂരപ്പ ബാഹുദ്ജ്ജലയവലയവ്രത ശോണിവാണി പ്രവാളീണോ വേണുനാളി പ്രസഗമഗമയൂ ഗുലീ സങ്കശാരാ കൃത് വക്താരേ സമധുരവികസൽ വ്യാഗമുദ്രാവ്യമാനി ശബ്ദബ്രഹ്മാമതൈസ്തം ശിശിരഭൂവനെ ജമേ കർണവീതി രത്നോജ്ജലയവലയവൃതീ ശോണവാണി പ്രവാളി ബാഹുദ്ന അനേകം രക്തങ്ങളിൽ പതിച്ചിരിക്കുന്ന ളെക്കൊണ്ട് വളരെ ശോഭയാർന്ന അവിടുത്തെ അതിമനോഹരമായ ആ ഒരു കൈകള് ഭഗവാനെ വളരെ ആ എന്താണ് വളരെ മനോഹരമായിരിക്കുന്ന വളരെ തളിരുപോലെ സുന്ദരമായിരിക്കുന്ന കൈകള് അതുപോലെ ആ കൈകളിലെ വിരലുകൾ അങ്കുലി സംഘശാരം ആ വരലുകളാണെങ്കിലോ ചലിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയാണ് വേണുനാളിം ഭക്ത അരവിന്ദേ ചുണ്ടുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന കൈകളാൽ പിടിച്ചിരിക്കുന്ന ആ വേണുനാളി അതിൽ നിന്നും പുറത്തുവരുന്ന ശിശിരഭുവനെ ശബ്ദ ബ്രഹ്മാമൃതേ എല്ലാവരുടെ മനസ്സിനെയും കുളിർപ്പിക്കുന്ന എല്ലാവരുടെ മനസ്സിനെയും ശാന്തമാക്കുന്ന ആകർഷിപ്പിക്കുന്ന ഭക്തിരസമുണ്ടാക്കുന്ന ആ വേണുനാളി എന്റെ കർണത്തിലൂടെ കേൾക്കാൻ വേണുനാളം വേണുനാഥം എനിക്കെന്തും കേൾക്കാൻ സാധിക്കണമേ എന്ന് ഗുരുവായൂരപ്പനോട് ആവശ്യപ്പെടുകയാണ് കൗസ്തശ്രീരതിബിതരുതം കോമലം കണ്ഡദേശം പക്ഷശ്രീവത്സരമ്യം തലമസമ സൗദ്ധി പ്രഹാരപ്രധാനം നാനാവുന്നവരം വന്യമാലാം രത്നമാലാ രത്നമായിരിക്കുന്ന കൗസ്തുഭത്തിന്റെ ശോഭയാൽ പ്രശോഭിക്കുന്ന അവിടുത്തെ ആ ഖണ്ഡവും ഔത്സപ്പോത്സവം സീതതി അരുണിതം കോമളം കണ്ഠദേശം അതുപോലെ തന്നെ തരളസമുദ്ധിപ്രഹാരം അനവധി മുത്തുമാലകളെക്കൊണ്ടും മറ്റും പ്രകാശിപ്പിക്കുന്ന നാനാവിധത്തിലുള്ള പ്രകാശ അതുകൊണ്ട് പ്രകാശിപ്പിക്കുന്ന അവിടുത്തെ മാറിടവും ശ്രീവത്സം ആ ശ്രീവത്സം കൊണ്ട് ചോപിക്കുന്ന അങ്ങയുടെ മാറിടം ഇപ്രകാരം വിലോലംബം തവൌരസിലംബമാനം അങ്ങയുടെ ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന തേജോമയമാക്കുന്ന വനമാലയും ഭഗവാനെ രക്തമാലയും എല്ലാം ഞാൻ മനസ്സിൽ വ്യക്തമായി കാണുന്നു ഗുരുവായ്പ എന്റെ കണ്ണിലും ഞാനതാ വ്യക്തമായി കാണുന്നു അങ്കേ പഞ്ചാംഗരാ അതിശയവികസൽ സൗരവാകൃഷ്ണലോകം ലീനാനേകത്തെ ലോക വിധദ നിപൃഷ വിഭ്രതം മദ്യവല്ലീ സതപ്തോ ജലഗണകനിപം ഹീതജേലം ദാനം വ്യാമോദിപ്തരശ്മി അതുപോലെ ഭഗവാനെ അങ്ങയുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന പഞ്ചാങ്കരാഗേ ഹരിചന്ദനം ഗോരോചനം കസ്തൂരി അഖിൽ തുടങ്ങിയ കുങ്കുമം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുണ്ടാക്കിയ കളഭക്കൂട്ട് അതിന്റെ സൌരഭ്യവും അതിന്റെ വാസനയും എന്നെ വല്ലാതെ ആകർഷിക്കുന്നു ഗുരുവായൂരപ്പ പിന്നീട് കൃഷാമധ്യവല്യം അവിടുത്തെ ആ അരക്കെട്ട് അവിടെ അണിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന അരഞ്ഞാണം അതിന് താഴെയായിട്ട് പീതജേലം ദദാനം പ്രകാശം പരത്തിക്കൊണ്ട് ആകർഷിപ്പിക്കുന്ന പീതചേലത്തെയും ഞാനിതാധ്യാനിക്കുന്നു ഗുരുവായപ്പ ഊരൂറൂ തവോറൂമു ചിത്തോരോറമായ വിശ്വക്ഷോഭം വിശങ്കീതേലാവൃതംഗ ആനം പുരസ്താന്യസന സമ ആർത്തമഗ്രായം ജാനദ്വയഞ്ച ഭഗവാനെ ഉരുണ്ടതും തടിച്ചതും മനോഹരവുമായിരിക്കുന്ന അവിടുത്തെ ലക്ഷ്മിദേവി പോലും അത്രയധികം മോഹിച്ചു പോയിരിക്കുന്ന ഭഗവാന്റെ ആ രണ്ട് തുടകളെയും ഞാൻ ഇതാ ഉപോരുവാണം ആ രണ്ട് തുടകളെയും ഞാൻ ഇതാ തൊഴുന്നു ഭഗവാനെ അതുപോലെ തന്നെ ജാനുദ്വയം ചക്രവന മനോജ്ഞേ ക്രമപതു മനോജ്ഞേ അവിടുത്തെ ആ രണ്ട് കാലുകളെയും ആ ക്രമത്തിൽ ഞാൻ മേൽ മേപ്പോട്ടൊന്ന് താഴോട്ട് കാണുന്നു അങ്ങനെ വർണ്ണമേരിയം ആ കാലുകളും മുട്ടുകളും ഇതാ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു ഹെ ഭഗവാന്റെ ആ പാദത്തിലേക്ക് വരികയാണ് പട്ടതിരിപ്പാട് മഞ്ജീരം മഞ്ജുനാഥൈ ഇവ പദവചനം പാദാഗ്രംജൽ ഒത്തുങ്കാതാമ്രാജൻ നഖരമയം ഭഗവത്പാദം പദവജനം ശ്രേയ എന്ന് ഭഗവാന്റെ ആ കാലിലണിഞ്ഞിരിക്കുന്ന പാദസരങ്ങൾ കെലിങ്ങുന്ന സമയത്ത് ആ പട്ടതിരിപ്പാടിന് തോന്നുകയാണ് നോക്കൂ എന്റെ പദവചനം ചെയ്യൂ എന്റെ പാദങ്ങളെ ആശ്രയിക്കൂ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഭഗവാൻ ആകർഷിക്കുന്നത് പോലെ പട്ടതിരിപ്പാട് തോന്നുന്നു കാന്തിമജ്ജൽ പണത ജനോമനോമന്തരോദ്ധാരകുർമ്മം ഭഗവാന്റെ കാലുകൾ ഉയർന്നു നിൽക്കുന്ന കാലുകൾ ആശ്രയിക്കുന്ന മനസ്സുകളെ ഉയർത്തുന്നത് ഏതുപോലെയാണ് പണ്ട് കൂർമാവധാനമായി അവതരിച്ച് മന്ദരപർമ്മദശയെ ഉയർത്തിയതുപോലെയാണ് ഏത് ഭക്തനാണോ ആ പാദത്തെ സർവാത്മന തന്റെ ആശ്രയമായി കണ്ട് ആശ്രയിക്കുന്നത് ആ ഭക്തനെ ഭഗവാൻ ഉയർത്തിയിരിക്കുമെന്ന് പറയുന്ന ഭഗവാന്റെ കാലുകളുടെ ഉയർച്ച അതുപോലെ തന്നെ ഭഗവാന്റെ ആ നഖങ്ങൾ ആരാണോ ആ നഖങ്ങളെ കാണുന്നത് അവന്റെ ഉള്ളിലുള്ള സകല അന്ധകാരത്തെയും നീക്കുന്ന വിധത്തിൽ ഭഗവാന്റെ ആ നഖങ്ങളിലുള്ള പ്രകാശം പട്ടതിരിപ്പാട് ഹൃദയത്തിനും മുന്നിലും കാണുന്നു അപ്രകാരമുള്ള ഗുരുവായപ്പ തേജോമയമായിരിക്കുന്ന രൂപത്തെ ഞാനിതാ ധ്യാനിക്കുന്നു ഇനി എനിക്ക് വേണ്ടത് പട്ടതിരിപ്പാടിന്റെ അപേക്ഷ ഗുരുവായപ്പനോടുള്ള ഒരു തന്റെ ഒരു ഭക്തിയിലെ സമർപ്പണം പട്ടതിപ്പാട് അവസാനിപ്പിക്കുന്നതിങ്ങനെയാണ് യോഗീന്ദ്രം േ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണാ കാരുണ്യസിന്ധോ താതിശേഷതാ പ്രതിശതുപരമാനന്ദസന്തോഹലക്ഷ്മി ഡേ കാരുണ്യസിന്ധു കൃഷ്ണ പവനപുരപതി എന്റെ മുന്നിൽ നിൽക്കുന്ന കാരുണ്യസിന്ധു ആയിരിക്കുന്ന ഗുരുവായപ്പ എനിക്ക് തരേണ്ടത് യോഗീന്ദ്രാണം തൊതംഗീഷു യോഗീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിൽ അധിക സുമധുരം അങ്ങയുടെ അംഗത്തിൽ വച്ച് അവരെപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് പരമാനന്ദത്തിൽ ആരാടുന്നത് ഏതൊരു പാതാരബിന്ദമാണോ മുക്തിപാചം നിവാസ മുക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഏതൊരു പാതാരവിന്ദമാണോ ഇപ്പോഴും പ്രകാശിക്കുന്നത് എന്നെപ്പോലുള്ള ഭക്തന്മാര് അവരുടെ കാമങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ഏതൊരു പാദമൂലത്തെയാണോ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ പാദമൂലത്തെ എന്നോട് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് നിത്യം ചിത്തസ്ഥിതം മേ എന്റെ മനസ്സിൽ ഉറപ്പിക്കാനും എന്റെ മനസ്സ് അവിടുത്തെ പാതാരിന്ദത്തിൽ ഉറച്ചു കിട്ടാനും എന്നോട് കാരുണ്യം ചൊരിയണമേ അതിലൂടെ ഞാൻ നിശ്ചേഷതാപാൻകൃത്വ ഞാൻ എല്ലാ താപങ്ങളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് പരമാനന്ദ സന്തോഹലക്ഷ്മിയും ഞാൻ പരമാനന്ദ സാന്ദ്രത്തിൽ നേരാടിക്കൊള്ളാം പട്ടതിരിപ്പാട് രോഗങ്ങൾ മാറ്റേണമേ എന്നായിരുന്നു പറഞ്ഞു തുടങ്ങിയതെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറയുന്നു എനിക്ക് രോഗങ്ങളല്ല മാറേണ്ടത് എനിക്ക് മാറേണ്ടത് എനിക്ക് കിട്ടേണ്ടത് അവിടുത്തെ പാദം എന്റെ മനസ്സിൽ പതിയണം എന്റെ മനസ്സ് അവിടുത്തെ പാദത്തിൽ പതിഞ്ഞുകൊണ്ട് എല്ലാ മറന്നുകൊണ്ട് ഹൃത്വാനിശേഷ താപാൻ എല്ലാ താപങ്ങളും മറന്നുകൊണ്ട് പരമാനന്ദ സന്ദ്രോഹലക്ഷ്മി ഞാൻ പരമാനന്ദ സാന്ദ്രത്തിൽ പരമാനന്ദ സ്വരൂപനായ അങ്ങേർ ഞാൻ മുങ്ങിക്കൊളിച്ചുകൊള്ളാം ഗുരുവായപ്പ അതിനെ അനുഗ്രഹിക്കേണമേ എന്ന് പറഞ്ഞ് ഭട്ടതിരിപ്പാട് ഭഗവാന്റെ മുന്നിൽ തന്റെ അപേക്ഷകളൊക്കെ സമർപ്പിച്ചു ഇനി തന്നെ തന്നെയും കൂടി സമർപ്പിക്കുകയാണ് തന്റെ നാരായണിയും തന്നോ തന്നെയും സമർപ്പിച്ചുകൊണ്ട് അവസാനത്തെ ഈ ശ്ലോകം കൊണ്ടൊക്കെ സമർപ്പിക്കും അജ്ഞാത് മഹത്വം അതിഹനിഗതിതം വിശ്വദാദക്ഷമേദം സഹസ്രോത്തരമതികതം ഹേദാനാരായണീയം ശ്രദ്ധിഷുജനുഷാ സത്യദാവർണനേന പീതം മേലാവതാരേ വിധമേൽപ്പെടുത്താം ആയുരാരോഗ്യ സൗഖ്യം ഭഗവാനെ ഞാൻ തേ മഹത്വം അജ്ഞാത്ത അവിടുത്തെ മഹിമ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും ഗുരുവായപ്പ ഏതായാലും അതൊന്നും പൂർണ്ണമായി അറിയാത്ത ഞാൻ നിഗതിദമ്യക്ഷമേത എന്നോട് ക്ഷമിച്ചാലും ഞാൻ സഹസ്രോത്തരം ആയിരത്തിലധികം ശ്ലോകങ്ങളുള്ള ഈ സ്ത്രോത്രം എന്തിനു വേണ്ടിയിട്ടാണ് തുൽപ്രസാദായ പോയാൽ അങ്ങയെ സന്തോഷിപ്പിക്കട്ടെ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ രചിച്ചിട്ടുള്ളത് ഗുരുവായപ്പ അതാണെങ്കിലോ ശുതിശുജനുഷാസ്വത്യതാവർണനേനീവാരെ നാരായണീയത്തിന് പ്രത്യേകതയുള്ളത് ഇത് ശ്രുതികളിൽ പറഞ്ഞ തത്വങ്ങളെ സ്മൃതികളിലൂടെ വ്യാഖ്യാനിച്ച ഭാഗവതത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് ഞാനിവിടെ ആയിരത്തിലധികം ശ്ലോകങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം പിന്നീട് സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണം ഈ വേദത്തിലെ താരം സ്മൃതികളിലൂടെ പറഞ്ഞതാണ് ഭാഗവതം ആ ഭാഗവതത്തെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങേ സ്തുതിച്ചിരിക്കുന്നത് സന്തോഷിപ്പിച്ചിരിക്കുന്നത് ഇത് രണ്ടർത്ഥത്തിലും ഭഗവാനെ ഈ നാരായണീയം എനിക്ക് സമർപ്പി അങ്ങയിൽ സമർപ്പിച്ചിരിക്കുന്നു നാരായണീയത്തിന് പ്രത്യേകതയുള്ളത് എഴുതിയതും നാരായണൻ എന്ന ആളാണ് സ്തുതിച്ചത് നാരായണനെയാണ് എഴുതിയവൻ നാരായണൻ നാരായണ പട്ടുതിരിപ്പാട് സ്തുതിച്ചത് മുഴുവൻ നാരായണനെയാണ് ഇനി എഴുതിയ ഗ്രന്ഥത്തിന്റെ പേര് നാരായണീയം സ്തുതിക്കുന്നത് നാരായണനെ ഇനി മറ്റൊരർത്ഥമുള്ളത് അന്തരാത്മാവിനെ ചൈതന്യത്തെ നാരായണൻ എന്നാണ് വിളിക്കുന്നത് കാരണം നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണീയൻ നാരായണൻ ആ നാരായണനെ നാരായണീയത്തിലൂടെ പരമാത്മാവായ നാരായണനിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെഴുതിയിരിക്കുന്നത് അപ്പൊ നാരായണീയം എന്നത് അന്തരാത്മാവായ തന്റെ ജീവാത്മാവായ ആ ചൈതന്യത്തെ മനസ്സിനെ നാരായണീയ സ്തുതിയിൽ ലയിപ്പിച്ചുകൊണ്ട് അതിലൂടെ പരമാത്മാവായിരിക്കുന്ന നാരായണനിൽ ലയിപ്പിക്കുക അപ്പൊ ഇവിടെ എല്ലാം ആര് തന്നെയാണ് നാരായണൻ തന്നെയാണ് ജീവാത്മാവും നാരായണം തന്നെയാണ് പരമാത്മാവും നാരായണം തന്നെയാണ് അതിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഇത് നാരായണീയം അപ്പൊ നമ്മളെ സംബന്ധിച്ചത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന തൃശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഗുരുവായൂരപ്പൻ ആവരുത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആ പരമാത്മാവായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് പരമാത്മാവുണ്ടെങ്കിലും നമ്മളെ ഇമോഷൻ വളരെ സ്വാധീനിച്ചതുകൊണ്ട് മനസ്സിലെ ചിന്തകൾ സ്വാധീനിക്കുന്നതുകൊണ്ട് ആ പരമാത്മാവിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു ജീവാത്മാവാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇനി മനസ്സാണ് എന്നെ ഭഗവാനിൽ നിന്ന് അകറ്റിയതെന്ന് ഉറപ്പിച്ചുകൊണ്ട് തിരിവ് മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിനെ നാരായണീയത്തിലൂടെ ശുദ്ധീകരിച്ച് പരമാത്മാവായിരിക്കുന്ന ഗുരുവായപ്പനിൽ എത്തിക്കണം ഒരാൾ ശ്രീകോവിലാണ് ഇരിക്കുന്നത് ഒരാൾ മുഖമണ്ഡപത്തിലാണ് ഇരിക്കുന്നത് നാരായണൻ മുഖമണ്ഡപത്തിലും ഗുരുവായൂരപ്പൻ ശ്രീകോവിലും ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ജീവാത്മാവ് മനസ്സിലിരിക്കുന്നു പരമാത്മാവായ ഗുരുവായൂരപ്പൻ ബുദ്ധിയിലിരിക്കുന്നു ഒരാൾ ബുദ്ധിയിലും ബുദ്ധിയായിരിക്കുന്ന ശ്രീകോവിലും മറ്റൊരാൾ മുഖമണ്ഡപമാകുന്ന മനസ്സിലും നാരായണീയമാകുന്ന സമർപ്പണത്തിലൂടെ ആ സ്തുതിയിലൂടെ പ്രേമത്തിലൂടെ നിരന്തര ഭക്തിപ്രവാഹത്തിലൂടെ ഈ ജീവാത്മാവിനെ എവിടെ കൊണ്ടെത്തിക്കണം പരമാത്മാവായിരിക്കുന്ന ഭഗവാനിൽ അപ്പോ ശ്രീകോവിലും മകുമണ്ടമൊക്കെ ഒന്നായി മാറി ഗുരുവായൂരപ്പനിൽ പൂർണ്ണവിലയനും ഇപ്രകാരം ആയുരാരോഗ്യ സൗഖ്യം ഭഗവാനെ ഈ നാരായണീയത്തിലൂടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാവട്ടെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എന്നും അവരെ ഭഗവൻ സ്മരണയ്ക്ക് അനുഗ്രഹിക്കട്ടെ അവരുടെ മനസ്സെന്നും ഭഗവാൻ സമർപ്പിക്കാൻ വേണ്ടി അവരെ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഈ ശരീരം നമുക്ക് ഭഗവാൻ സ്മരണത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണവും ശരീരം മനസ്സ് നമുക്ക് ഭഗവാനിൽ അർപ്പിക്കാനുള്ള ഒരു പൂജാപുഷ്പവുമായി തീർന്നുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കാൻ സാധിച്ചാൽ ഈ നാരായണീയം നമ്മളെ അനുഗ്രഹിച്ചു പോകുകയാണ് അപ്പോ ഇവിടെ ഉപസമരിപ്പിക്കുകയാണ് നമ്മൾ നാരായണീയം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് വിചാരം നാം ഏതോ ഒരു ഗുരുവായൂരപ്പനെ ആ ഗുരുവായൂരപ്പൻ നമ്മുടെ തന്നെ അന്തരാത്മാവ് തന്നെയാണ് ഇപ്പോ നമുക്ക് അന്തരാത്മാവായി അവിടെ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തെ മൃഗപ്പിടിച്ചുകൊണ്ട് തന്റെ കർമ്മങ്ങളെല്ലാം ദാസനാണെന്ന ബോധത്തോടെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു ചെയ്തുകൊണ്ട് എന്തനുഭവം വന്നാൽ ഭഗവാന്റെ പ്രസാദമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഭഗവാനോട് ഉറപ്പിച്ചുകൊണ്ടൊക്കെ ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക് ധന്യമായി പരാതികളില്ലാതെ ദുഃഖം മനസ്സിനെ അലട്ടാൻ സമ്മതിക്കാതെ ഭയം മനസ്സിനെ അലട്ടാൻ സമ്മതിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ആരോഗ്യമുള്ളൊരു ജീവിതം ആരോഗ്യമുള്ളൊരു മനസ്സ് ആരോഗ്യമുള്ളൊരു നമുക്ക് സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം ഇവിടെ കൈവരിക്കാൻ സാധിക്കും അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യജ്ഞം ഇവിടെ പ്രസംബരിപ്പിക്കുക സർവത്ര ഗോവിന്ദനാമസം നാരായണനാര ീർത്തനം സാർമ്മസദാശിവോചൻ ശരണേ തവണയുഗം ഹരിഹര പുത്ര ആശ്രിത ശരണേ തവ ശയുഗം മുൻ ദോ ശരണേ തവ ശയുഗം പവന പുരേ സാധാ കൃഷ്ണ ശരണേ തവ തുഗം ശരണ ഗോവിന്ദനാമസീർത്തനം ചാരുക്കളേബരം മാല ചാത്തിയും നല്ല മഞ്ഞാട ചുറ്റിയും നന്ദലച്ചൂടിയും गोपी கமरुडे मल्लिका भाणनाय गोपी கமरुडे मल्लिका भाणनाय श्री गोविंद मत्तुरु कालिङ्ग വിവരങ്ങൾക്ക് ചിദ പ്രസിഡന്റ് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്ര സമിതി ശ്രേയസ് കപ്പലണ്ടിമുക്ക് മട്ടാഞ്ചേരി കൊച്ചി ഫോൺ നയൻ